بجانل القبل المحمود من العلوم المحموده جنہوں نے طلبتاا وارینوں محمودا علمن اترے وی پڑھیکڑووںوں طلبتا وارتے اتے ہاں نیں پڑھدی ہاں اوپر والے نے طلبتا واریا اے دلہں گٹاں دے اترے ہونڑاں اے دلہں پڑھن دے اترے قدر آوندے ഈ പെടികളയിൽ കൂടിയിട്ട് എൽമ മൂന്ന് കിറ്റ് മാക്കാം എങ്ങനെ കീസ്മൻ ഹു മതമോമും കലിയൂഹവും ഒക്കെ സീറു അധികമായാലും കുറച്ചായാലും മടക്ക തന്നെ ഒരു കിസ്മ അധികവും പറ്റൂല കുറവും ഒന്നും പണ്ടം അത് മതമോമം തന്നെ കീസ്മൻ ഹൂതും കളിയരഹവും ഒക്കെ സീരൂഹവും മറ്റൊരു കിസ്മുണ്ട് കുറഞ്ഞതായാലും കൂടുതലായാലും നല്ലത് അതാ കുല്ലമാന കിതാക്കാന എത്രത്തോളം ഓറുന്നുവോ അത്രത്തോളം നല്ലത് അതാണ് അക്കാലപ്പുറം പറയുന്നത് അതാണ് അപ്പത് റസ്സുക എത്രത്തോളം അറിയുന്ന അത്രത്തോളം അറിഞ്ഞോളാൻ മൂന്നാമതോട് മുഹമ്മദും എന്നും ഇഷ്ടതാർ ഉൾക്കിസായ ആവശ്യത്തിന്റെ കതിര് മാത്രം മുഹമ്മദ് അതിന്റെ അപ്പുറം വിട്ടാൻ സമയം കൊണ്ടുവരും അങ്ങോട്ടൊന്നുണ്ട് ഒലാ മുഹമ്മദ് ഉൽ ഫാദരു ഈ മിക്താറുള്ള കിഫായ ഉണ്ടല്ലോ അതിനാൽക്കാണ് അധികം ഉള്ളത് മഹമൂദ് അല്ല വലി സൗകീരി അതിലാരത്തിന് പോക്കും കൈവല്ല എന്ന മൂന്ന് ക്രിസ്മ അതായതല്ലാമായി ബദിന്റെ അഹ്വാലു അതിനെന്തണ്ട് കരീരും കതീറുമെല്ലാം മഹമ്മൂദാണ് ഏതുപോലെ കത്തിശക്തി വർഗന്മാർ ആരോഗ്യം കുറച്ചായിരുന്നല്ലോ കൂടുതലായിരുന്നല്ലോ വമിന്നു കീറു അല്ലേ അഡാഗി പറഞ്ഞത് കദീറും കഥീറും മതമൂമല്ലേ അതുപോലെ ആവശ്യത്തിന്റെ കണക്കനുസരിച്ച് അയാൾ മഹമൂദ് ആസും ഏറിയാസ് മോശാവും അതാക്കാ ബദലിൽ ഫൈൻ അതിന് വിശാല പറഞ്ഞത് ഇൽമിന്റെ അല്ല അതിന് നബീറായിട്ട് മറ്റൊരു പറഞ്ഞത് فإن تبذير لا يحمد فيه موذل إيكانك لأرى كرواكيه لذى محمود لله إذا فذب هو مظلن عدو قرنك لن يأميلا هذا لوقت شجاعت شجاعت من اللذن دائه قرسل بارو وشكورد لأياليك أندال اللذن دقارك رحكيه في نوائك يغانبير جانجيه لأي إنه قائفة إلا واتير شو فإن تحفر شجاعت آريك أدري وطوركيه لناله هذا لا يحمد فيه പക്ഷെ വൈകാനും എഞ്ചിൻസിതാ ശതാകത്തിന്റെ എഞ്ചിൻസി പെട്ടതാണതാണ് എതി സഹകൂർ എന്നുള്ളത് ഓരോ പ്രശ്നം വെച്ച് ഉണ്ടാക്കിയിട്ട് ആടാവിശ്യം അപ്പൊ ഇത് ഇൽമിനു കാരണമല്ല അങ്ങനെയുള്ള ചില വസ്തുക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് വിസദാക്കിയാണ് ഈ തുല്യമായ അപ്പൊ കഥാലിക്കൽ ഇൽമു ഇതുപോലെ തന്നെയാണ് ഇൽമെ മൂന്ന് കിസ്മ കനീയവും കസീരവും രണ്ടായാലും അതുമൂന്ന് فالقسم المضموم منه قديره وكثيره وما لا فائدة فيه في دين ولا دنيا دنيا فلي مدلك الفائده إلا دين المفائيه إلا سمنده إذ فيه لرغن ما ترمى الله لرغن قولي الله إنه لرغن يغلب نفعه ولنفعن درد ورن نفعن يكال نرغن الله غالبا قضي لكا علم السحي والثلاثمات والنجوم അതാ സിഹറിന്റെ ഇൽമ് റെസ്മാക്കിന്റെ ഇൽമ് ഇങ്ങനെ നുജു മിങ്ങിൽ നഷ്ടത്തിൽ നോക്കിയിട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്നുണ്ട് ഈ പറയപ്പെട്ടതില് അപ്പൊ തറുപ്പിൽ നമ്പി ആയച്ചു തീർക്കലി എങ്ങനെ അയച്ച് അല്ലതയും അമ്പസുമായും ലിക്കുഹിൽ ഇൻസാൻ മനുഷ്യൻ നിൽക്കാക്കുന്നതിൽ ഏറ്റവും വലിയ മുതലേതാണ് ആയതല്ലേ അത് എന്തിലേക്ക് തിരിച്ചൽ അതിലേക്ക് തിരിക്കരു ഇവാഹത്തുൻ അത് വെറുതും പാട് വേരെയാവുന്നു വൈവാഹത്തൻ നത്തിയിട്ട് മതമോമത്തുൻ അമൂല്യമായ കാണും ഇവാഹത്താക്കലാണെന്ന് അത് മതമോമല്ലേ ഇവരെ പറയാനുണ്ടോ സമയം കൊല്ലുന്ന പരിപാടിയാണ് വമിന്നു അതിൽ പറ്റുബോധം തീരെ പാഴയില്ലാത്തതെന്ന് പറഞ്ഞു ഇനിയോ വമിന്നു മാ സിഹി നററും അലാമായു മന്നു മുമ്പ് പറഞ്ഞില്ലേ എന്നയാക്കാണ് കാലിഭാഗം നറത് കൂടിയാണ് അതാ പറഞ്ഞു മാ സിഹി നിററും എന്നിട്ട് നടത് യസീദു അലാമായുലൻ കിത്തും ദുന്യാൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടും എന്ന് ഭാവിക്ക്പ്പെടേണ്ട ഒരു കാര്യമുണ്ടല്ലോ അതിനാക്കാണ് നോക്കുന്നത് അല്ലെങ്കിൽ നിററ് കൂടുതലുണ്ട് നെട്ടന് ഭാഗത്തുണ്ട് കാര്യമെല്ലാം നടക്കുന്നുണ്ട് നിറത് കൂടുതലുണ്ട് അപ്പൊ പൈന്നതാലിക്കലായി ഒറ്റത്തു വിഹി ബിൽ ഇന്നാ സീലം നിററിൽ ഹാറ്റിൽ അന്നു അതിനാൽ ഉണ്ടായിട്ടുള്ള നിററിലേക്ക് ഈ കൃഷി നീട്ടുണ്ടല്ലോ നാച്ചാൽ നമുക്ക് തുടരും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കണ്ണിനെ പറ്റി പറഞ്ഞില്ലെന്ന് നെട്ടുണ്ട് പക്ഷേ നിറത് കൂടുതലാണെന്ന് പറഞ്ഞത് അതേപോലത്തെ ഇനി വമ്മൾ കിസ്മുൽ മഹമൂദ് ഇനി മഹമൂദ് രണ്ടാം കിസ്മദ കൂടിയായാലും കുറഞ്ഞായാലും മഹമൂദ് എന്ന് പറഞ്ഞിട്ടതാ ഇരക്കത്ത വായാത്തിൽ ഇസ്തു കിസാൻ അറ്റം വെത്തുന്നതിന്റെ എത്രത്തോളം അറ്റം പോകുമോ അത്രത്തോളം ആയാലും മഹമൂദ് തന്നെ അതേതാണ് അള്ളാഹുവിനെ കൊണ്ട് അവന്റെ സിഫാത്ത് കൊണ്ട് അഫ്നാലുകളെ കൊണ്ട് അവന്റെ പടപ്പ് കണ്ടില്ലല്ലോ അവന്റെ ഓരോ ചെടികുണ്ടല്ലോ രക്ഷിക്കലും ചെറ്റിക്കലി കയറ്റിൽ ഇറക്കലെന്നുള്ള ഓരോ ചെറുത്തങ്ങൾ പരിശോധിച്ചാൽ കാണാന വലിയ വലിയ ആളായി നടന്നാളോ പെട്ടെന്നുള്ള നടന്നാണ്ട് കാണുന്നു അള്ളാഹുവിന്റെ ഒരു പ്രവർത്തിയാകും ചിലപ്പം വളരെ മയത്തീയത്തിലായിട്ട് കുറ്റഞ്ഞ് ജീവിച്ചാൽ ഉണ്ടാവും പെട്ടെന്ന് അയാൾക്ക് മനസ്സാന്തരം മാത്രം കൊണ്ടെല്ലാം ജീവിക്കാരായി വലിയ വഴിയായി വലിയ വലിയായി നടന്നാളോ വല്ലാവിനെ പോലത്തെ ആണല്ലുണ്ടായി നേരെ അടിമറുണ്ട് അതിന്റെ പിന്നീട് ഓരോ രഹസ്യങ്ങളിലുണ്ട് അതാ ദുഞ്ഞാവിന്റെ ഒരു കാര്യത്തിന്റെ മുകളിലാണ് ആശ്രത്തിന് തസീബാക്കിയത് ആദ്യൊരു ദുഞ്ഞാവ് ആ ദുഞ്ഞാവിനെത്തോളം പിന്നൊരു ആക്രമം ഇങ്ങനെ ഒരു തസ്തി ആ അതിന്റെ ഹിക്കുമത്ത് ഇത് എത്രത്തോളം ഞങ്ങൾക്ക് പറഞ്ഞാൽ പഠിക്കാൻ ചെയ്യോബു ഏ അത് മുകളിലെ തന്നെ മത്തുലൂബ ഇൽ അതുകൊണ്ട് മറ്റൊരു ഫസ് ആക്കണമെന്നില്ല ിയോ വരുമിരാ പരലോകത്തിന്റെ വിജയത്തിലേക്ക് വസീലിയാക്കാൻ പറ്റുക എന്ന നിരക്കും അത് മസല വസീലിയാക്കാൻ മക്സൂർ വാക്കാം അതിൽപ്പെട്ടാണ് നവിസമുള്ള പഠിക്കേണ്ടത് ആകുന്നക്കര കഴിവ് ചെലവാക്കരുത് സീഹി ഇതിൽ എത്രവേ ചെലവാക്കുന്നു ഇത് അക്സൽ ജുഹുദി അതപ്പ നമ്മളെ കഴിവിന്റെ പരമാവധി വരെ ചെലവാക്കുന്നു എന്നാൽ തന്നെ എന്താകും കൊത്തൂറിൻ ഹജ്ജിൽ വാജിമ് വാദ്യം പായ ഹിനത്തൊട്ട് അത് കുറകളെയാവുള്ളൂ എന്നറി ഇങ്ങനെ പരമാവധി വച്ചാൽ വാജ്യമിന്റെ അവന്റെ തീരെക്കട്ടാ ഞാനോ നമ്മൾ എന്താണോ നോക്കി അക്കസൽ ജ്യൂദ് ഇവന്റെ കഴിവിന്റെ പരമാവധി ചെലവാക്കി എന്നാൽ തന്നെ വാതിബിന്റെ വസ്ത്രിലേക്ക് കൊസൂറിയാവുന്നവർ പറഞ്ഞു വാതിബ് ദുഃഖത്തിലാണ് ബദുവിന്റെ ഖബറാണ് ഇവര് കൊസൂറു എന്ന് മക്കദൂർ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആപതാകുന്നവ ആ കഴിവിന്റെ പരമാവധിക്ക് ആ മക്കദൂർ എന്ന് പറയും എന്തിൽ ചെലവാക്കൽ തീ അതിലേക്ക് എത്ര വരെ ചെലവാക്കുന്നില്ല അക്കസൽ ജ്യൂതി എന്നാൽ പോലും അതിനെ വാദിബായ ഹദിനെത്തോട്ടും കാസരിയാകുള്ളൂ എന്നാണ് അതിന് കാരണം എന്താ ആഴം കാണപ്പെടാത്തൊരു കടന്റെ സ്ഥാനത്താണ് ചുറ്റി നടക്കുന്നവൾ ചുറ്റി നടന്നതെല്ലാം അല്ലാത്ത അതിന്റെ വക്കത്തുകൂടിയും അതിന്റെ ഓരോ ഭാഗം കൂടിയായിട്ടുള്ള ആഴത്തിലെത്തിയിട്ടില്ല നടന്നാളെല്ലാം നടന്നയാടെ അതിന്റെ പരിസരത്ത് എത്തിയിട്ടുള്ളൂ പുതിയ കഥനുമായ സ്ഥിരലഹും അവർ അവർ തന്നാഹു താൽ എത്രയും അടുപ്പമാക്കി നാക്ക് അനുസരിച്ചിട്ട് ചിലർ ഉണ്ടാകും മുട്ടോളം കഴിഞ്ഞാൽ ഉണ്ടാവും അരയോളം കഴിഞ്ഞാളുണ്ടാവും ചെമ്പ് പക്കത്ത് നിന്നാളുണ്ടാവും ചില ഉണ്ടാവുള്ളൂ ചിലപ്പോൾ തെരമാലടിക്കുമ്പോൾ തെളിച്ചുപോയാളുണ്ടാവും ആഴ തിരത്തിയാളില്ലെന്ന് പറഞ്ഞു അത്രാസു നിലതും വന്യപ്രദിനോട് തിരുമത്തു മഞ്ഞു വരുന്നു അതിന്റെ അസ്റാഫിന്റെ ആലത്തിലേക്ക് ഇറങ്ങിവടി അരിൽ ലൻബിയാഉ വൽ ഔലിയാഉ വർ റാസിഖൂന ഫിൽ ഇൽമി അമ്പിയാക്കൽ ഔലിയാക്കൽ ഇൽമിൽ അർ റാസിഖൂന ഫിൽ ഇൽമ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൽമി കാലർച്ച കൂടുതൽ അവരെ മാത്രമേ അതിന്റെ അസ്റാഫിനെ കാടി പോയിട്ടുള്ളൂ മറ്റുള്ളാക്കുന്ന ബക്കത്ത് വറത്തങ്ങിയില്ലാണ് അതുതന്നെ എല്ലാവരും ഒരുപോലെ അല്ല അലഖ്തിലാഫ ദർജാത്തിഹിം അവർ ദർജാത്തിൽ ഇസ്തലാബ്ന സരിച്ചു ചെമീസിലുള്ള ആകാലികളുള്ള മതങ്ങളും എത്തിയ പോലെ മറ്റുള്ള എത്തിക്കൊള്ളുന്നില്ല അസഹാവിമാർ എത്തിയ പോലെ മറ്റുള്ള അവലെയൊക്കെ എത്തിക്കൊള്ളുന്നില്ല അതിർക്കാനീതങ്ങൾ എത്തിയ പോലെ സാധാരണ ആവലും എത്തിക്കൊള്ളുന്നില്ല അവരെ ദർഗാസിക്കും അത് തന്നെ ബ്യാസലാക്കി കൂവത്തിനെയും അവരുടെ പൂവത്തിനും നിസ്തലാക്കനുസരിച്ച് ഓരോരുത്തർക്കും ഒന്ന ഓർത്തൊരു ചക്രീതല്ല ിൽ എത്രത്തോളം കൊടുക്കണമെന്ന് അള്ളാഹുണ്ടാക്കിയ ഒരു തക്തീറാക്കിയിട്ടുണ്ടാവും ആ തക്തി അനുസരിച്ചിട്ട് ചിലത് നൂറ് കുട്ടിയാൾ ഉണ്ടാവും ചിലത് എൺപത് കുട്ടിയാളുണ്ടാവും അമ്പത് കിട്ടിയാളുണ്ടാവും അങ്ങനെ പോകുന്നു അതാണ് എന്നതിനെ പറ്റി പറയുന്നുണ്ട് ഒളിപ്പിച്ചുവെക്കപ്പെട്ട ഇൽ ഖുറാനു ഹദീസ് എല്ലാം കൂടെ ആച്ചി കുറുക്കിയാലെല്ലാം കൂടെ അതിന്റെ സത്തെടുത്തണ്ടായനുള്ളിൽ ഇതാണ്ടായാലും അതിന്റെ എസെൻസ് പ്രഷാദ് ഇതെല്ലാം കൂടെ കിട്ടേണ്ട ഇന്മതാണ് ഖുറാനിന്റെ നേരത്തെ വേറെ കൃത്യമാക്കിയാലും നെഹ്റുത്തൂലായിരുന്നത് പ്രസാദിന്റെ പുറത്താണ് സ്ഥലത്ത് കിട്ടൂലേ ലോകത്ത് കിട്ടൂലേ അല്ല പുറമേയുള്ള പഞ്ഞുകളാണല്ലോ ബലാകത്ത് കിട്ടൂലേ മന്ത്രിക്ക് കിട്ടൂലെ എല്ലാം കിട്ടും പ്രശാദ് ഒന്നും എസെൻസിലേക്ക് എത്തിയിട്ടില്ല എല്ലാം കൂടെ ഫീനർസാക്കി കിട്ടുന്ന എസൻസ് ഉണ്ട് ആ മക്കിനുണ്ടല്ലെ കണ്ണ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു അപ്പൊ ഒരു സാധനത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സൂചിച്ച് ഒളിപ്പിച്ചു വെക്കപ്പെട്ടെ ഇപ്പൊ ഇതിന് ധാന്യക്കുരുവാണെങ്കിൽ ഈ കുരുവിന്റെ ഉള്ളിലല്ലേ ഇപ്പൊ എണ്ണ ഉണ്ടായില്ലേ അതിപ്പോ കൊത്തൊക്കെ കൊണ്ടൊന്നും അത് കീഞ്ഞെടുത്തിട്ട് ആ കെടുക്കുമ്പല്ലേ അപ്പൊ അണ്ണെന്താണ് മക്രൂനാണ് അല്ല എങ്ങനെയുള്ള മക്നൂനായൽ അത് കിട്ടാത്ത എഴുതപ്പെടാൻ പറ്റൂല എന്നാ പറഞ്ഞത് ഒരു പ്രകൃതി വരെ എഴുതാനായി സാധിക്കൂല പഠിച്ചാലോനു തല തലമുരഹു അതിലേക്ക് ഒന്ന് എത്തിനോട്ടത്തിനെ സഹായിക്കും ഏത് ആ താരിലും പഠിത്തം പഠിച്ചാൽ ഇങ്ങനെ ഒന്ന് ഉണ്ട് എന്താക്കോ എത്തി നോക്കിയിരിക്കാ ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നാലും കിട്ടിക്കൊണ്ടില്ല അത് ആസ്വദിച്ച് കിട്ടരുതല്ലോ അതുപോലെ വുസാഹരത്തു അഹബാലി ഉലമാന്റെ ഉരമാവുണ്ടല്ലോ അവരേക്കൾ അവരുടെ അഹബാലുണ്ട മുസാഹരയും നമ്മളെന്തിനെ സഹായിക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ആ തനക്കു നിന്നു വേണ്ടി സഹായിച്ചില്ല അങ്ങനെ ചോദിക്കും ഉലമാവില്ലാഹൃതത്തിന്റെ അഹബാൽ എവിടെയുണ്ട് കമാ തയ്യാത്തി അലാമത്തും അവർക്കുള്ള അലാമത്തിയും ഇൻഷാള അടുത്തുമൊക്കെ പറയൂ എന്നാണ് പറഞ്ഞത് അവർക്കെന്തെങ്കിലും ലക്ഷണമുണ്ട് അതെന്തെങ്കിലും ലക്ഷണം പറയുന്നുണ്ട് നമ്മളറിവില് വളരെ ഒക്കെ കണ്ടല്ലോ എന്നോട് കാപ്പാട്ടൊക്കെ അറിയാതെ ഞാൻ അറിയില്ലുണ്ട് എനിക്ക് ഇപ്പം ലക്ഷം ബെഞ്ചിന് ഓർ വഹിക്കുന്നു അതെ ബാക്കി വളരെ അയപ്പെട്ടെന്ന് ഹെസു നമ്മളെ നമ്മക്കുണ്ടോ കണ്ടനുഭവത്തിലെ പറയും പൗരമാവല്ലാസനത്തിന്റെ അഹ്വാലന്റെ ആ മുസാഹന നിങ്ങൾക്ക് എന്താകും അതിലേക്ക് ഒരു സൂചന നൽകുമ്പോൾ സ്ഥലം സഹായിക്കും അതിന് അലാമത്ത് എന്താന്ന് അത് ഇഷ്ട കമാ അലാമത്തല്ല പിന്നെ പറയാം ഇത് നമ്മുടെ തുടക്കത്തിലെ കുറിച്ചാണ് അത് ഇത് അതിന്റെ മേൽ സഹായിക്കലി അൽ മുജാഹിടാണം വേണം കൽവിനെത്താക്കണം ദുഞ്ഞാവിന്റെ മുഴുവൻ അലായക്കിനെ തൊട്ടും കൽബിനെ പാരു കാത്തി വെക്കണം ക്ക ചെയ്താലാതെന്താ അങ്ങനെ ഉപഹസനത്തിൽ വത്തശം അതുപോലെ ദുഞ്ഞാവലി തശംബുഹാകണം ആരോട് വെൽ നമ്പിയായി വല്ലൗലിയായിനോട് അവലിയാകണമെന്ന് പറയാൻ പറ്റില്ലല്ലോ തശംബുഹല്ലാണ്ട് അതെന്തിനാൽ എത്തമിഹിന്ദു ലിക്കുൽ നിന്ന് അധ്വാനിക്കുന്ന തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് എന്തിനെയൊക്കെ അധ്വാനിക്കുന്ന ആൾ ഇതാ പലവിഹി അത് തലപ്പ് ചെയ്യാൻ വേണ്ടി അധ്വാനിക്കുന്ന ആളല്ല അധ്വാനിക്കുന്ന തെളിയണം എത്ര കാതിരി റസ്ന്ന് വായിക്കണമെന്നോ ഇന്ത്യക്കാതിൽ റസ് റസക്കുന്ന ആളെ കൊടുക്കാനെത്ര തീരുമാനിച്ച ഒരു വഹിയുണ്ടല്ലോ അത് എന്തല്ലാണ്ട് നിന്റെ അധ്വാനത്തിന്റെ കണക്ക് പോലെ കിട്ടണം എന്ന് ചോദിച്ചാൽ കിട്ടൂല അതെന്ത് കാര്യത്തിലും തന്നെയാണ് അധ്വാനത്തിന്റെ കണക്കിനനുസരിച്ചാണ് കിട്ടേണ്ടത് എന്ന് വെക്കാൻ നോക്കിയില്ല ഇത് ഈ ഇമും തന്നെ മറ്റൊന്തും തന്നെ ലാഭ്യ കാതിലൊരു ജുഹുതി അധ്വാനത്തിന്റെ കണക്കനുസരിച്ചാണ് കിട്ടേണ്ടത് എന്ന് വെച്ചാലാവൂല അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ അധ്വാനിച്ചൊക്കെ കുറച്ച് കൂടുതലും അങ്ങനത്തെ എല്ലാം അധ്വാനം കഥ ഉണ്ട് ഇതുപോലെയാണ് വലാക്കില്ല അതിനാസിംഹന അപ്പൊ അധ്വാനത്തിന് വലയില്ല എന്നാണ് അംഗം പറയുന്നത് അല്ല അധ്വാനിക്കണം അതുകൊണ്ടും അധ്വാനത്തിനനുസരിച്ചല്ല പറഞ്ഞു അണ്ട് അധ്വാനത്തിന് ഒന്നും ചെയ്യണ്ടെന്നാണ് പറയുന്നത് അത് പറയുന്നില്ലല്ലോ വലാക്കില്ല അതിനാസിംഹിമില്ല ഇതിഹാസം ഇതിഹാസിനെ തൊട്ടിട്ട് ഇതില്ല നമുക്ക് വേണ്ടി ഇതിനാ നയിക്കുന്നത് നയിക്കനുസരിച്ചല്ല കിട്ടുന്നത് അവരുടെ കഴിയില്ല അപ്പോ ഒന്നിന്റെ പത്തന്നെയാണ് തുറക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പൊ ഒന്നാടെ അതിന് അവന് ഒരു പണി വേണമല്ലോ അതിന് പറഞ്ഞേ റതത്തിന്റെ കണക്കിനനുസരിച്ചാണ് ജൂഹനുസരിച്ചല്ല പഞ്ചാബിന്റെ പലവ് അച്ർ അല്ലെങ്കിൽ പണ്ടേ വെച്ചത് ഒന്നിന്റെ പത്താണ് തുറക്കരുത് അതുകൊണ്ടൊപ്പം മുജാഹദുൽ ഹിദായത്തി ഹിദായത്തിന്റെ താക്കോൽ മുജാഹദയാണ് ലാസ്താഹലി ഹിദായത്തിന് മുജാഹദയല്ലാത്ത വേറെ താക്കോലില്ല എന്താ അതടക്കും ഇതെന്താ പറയാൻ പോകുന്നത് ആവശ്യത്തിന്റെ കഥ മഹമൂദാണ് അഭ്യർത്ഥിച്ചു വേണ്ട എന്നുള്ള മൂന്നാം കിസ്മോനാണ് അതാ വമ്മൽ ഉലൂമുൽ ലതി ലാ യുഹമദു മിന്നാ ഇല്ലാ മിഖ്താറൻ മഖ്സൂസൻ ഒക്കെ വറു പ്രതേഗ അലവന്ന അത് കണ്ട മഹമൂദാവാത്ത് ഇൽമുണ്ട് അയ അലവ വിട്ടാ അതിനെപ്പറ്റി വേണ്ടാണ് തിൻ ഉലൂമുൽ ലതി ഔറദിനാ ഫി ഫുറൂൽ കിഫായത്ത് ഫുറൂൽ കിഫായത്ത് മിന ബാബ് രഞ്ഞിട്ടുണ്ട് ആ ബാബിൽ കുറേ ഉലൂമിനെപ്പറ്റി ഞാൻ പറഞ്ഞതാണ് അതാണ് അതിങ്ങിന് ഫർനായേദ ഫുറൂൽ കിഫായേദ എഴുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അന്ന് ആ ബാബ് നോക്കുക ആ പൊറോമിൽ കിപായാത്തിൽ നാം അവതരിപ്പിച്ച ഓരോ മിലാണ് അതുള്ളത് എന്തുകൊണ്ട് പൈന്നീ കുല് ആ പുറോമിൽ കിപായത്തിൽ പെട്ട ഓരോ ഇൽമലും ഉണ്ട് എന്തല്ലോ യക്തിസാറൻ ഒരു ചെറിയ പരിപാടിയുണ്ട് ഒരു മദ്യമുണ്ട് ഒരധികം ഉണ്ട് മൂന്ന് തറചാത്തുണ്ട് എക്തിസാറെന്ന് പറഞ്ഞത് വഹുവൽ ആക്കൽ അതാണ് മിനിമം പരിപാടി വ്യക്തിസാറൻ ഒരു നടുത്തരമുണ്ട് ബഹുവൽ വസ്തു അതാണ് മദ്യനിലക്കുള്ളത് വസ്തുക്കിസാകും ഇഷ്ടിസാദിനെയും അപ്പുറത്തൊന്ന് ഇഷ്ട അങ്ങേ അച്ഛൻ ഒരു പരിപാടിയുണ്ട് അതിലാ മറദലഹൂരൽ ആഹരല്ലും ആ ഇഷ്ടക്കൃസാദിറങ്ങിയാൽ ആഹരല്ലും മൃഗരെ എത്തിയാൽ എത്തിച്ചേരൂല അങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനെ പോലും ഗീതാത്ത അങ്ങനെ പറഞ്ഞു പറഞ്ഞു പക്ഷേ അങ്ങനെ പോവാന കാലും മൂന്ന് വർത്തപകളുണ്ട് അതുകൊണ്ട് നീ ആരാകണം ഫക്കുൻ നഹദ് റജുലൈനി താരെ രണ്ട് രണ്ട് ചോദിച്ചു തരാ രണ്ടിൽ പെട്ടോ ഏതെങ്കിലും ഒന്നിൽ പെട്ടോ ഒന്നിക്കിൽ ഇമ്മ മഷുകൂലം മീൻ എഫ്റ്റിക് ഒന്നെങ്കിലും നിന്റെ സ്വന്തം കാര്യം കൊണ്ട് ചൂലാക്കപ്പെട്ടവനാകാം മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട അവനവൻ എന്താ രക്ഷ മാറുക അത് നോക്കിയിട്ട് എടുപ്പിച്ചോളാം ഒന്നെങ്കിൽ വൈമ്മ മുത്തഫി കൈക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളാർക്കും കൂടി സേവനം ചെയ്യാൻ വേണ്ടി മുത്തഫജികളാകും പക്ഷെ എന്തിനെന്ത് വേണം ബാധൽപ്പറാകം മീൻ ലഫ്റ്റിക്കാൻ എഫ്സിന്റെ ഡോസ് കഴിഞ്ഞാൽ ശേഷം കാലാം പറന്ന് എണ്ണയാക്കുന്നില്ല പിന്നെ താങ്കളെ ഈ രണ്ട് ഏതെങ്കിലും ഒന്നിൽ പെടാമല്ലാണ്ട് എതിരിപെട്ടില്ല മൂന്നാം കക്ഷി ഉണ്ടല്ല അത് വേണ്ടീടെ മൂന്നാം കക്ഷി അന്തരീ ഇാക്കാൻ കഴിയും കമ്പനി ഇസലാഹാക്കുന്നതിന് മുമ്പായിട്ട് കടിമറന്ന് ബാക്കി താറാൻ നേരിയാക്കാൻ കഴിയുന്ന പരിപാടി അത് നീ അതേ വേണ്ടാം രണ്ടിൽപ്പെട്ടായിരുന്നു നയിക്കും അപ്പനെ അപ്പന നേരിയാ സ്വന്തം കാര്യം കഴിഞ്ഞാൽ ഉൾമ്പിണ്ട ബാക്കി കണിയുമ്പോൾ നന്നാക്കാൻ കഴിഞ്ഞു തൻ മറ്റു അഭിനിക്കാം അപ്പൊ ഒന്നാം കിട്ടുന്നതല്ലേ പറഞ്ഞ നിന്റെ സ്വന്തം ലപ്തമുണ്ടെന്ന് അതാണോ നിന്റെ പരിപാടിയെങ്കിൽ പല കഷ്ടകൾ ഇല്ല ഇരുമില്ലത് ഫറയിക്കാം നിന്റെ മേലിൽ പറന്ന് അയിനായ പോലെ ഇരുമ്പുണ്ടല്ലോ മുമ്പ് ഓരോ വക്കത്ത് കിടക്കുമ്പോൾ ഇന്ന് ഇന്ന് ഇന്നുണ്ട് പറന്ന് അയിനുകൊണ്ടല്ലോ അതാണ് കടമുള്ള എരുമി സ്വതീകത്തുന്ന നേലാക്കളിന് മുസ്ലിം മീനും ബാബിനെ തുടക്കത്തിൽ പറഞ്ഞു നിന്റെ ഹാട് ഏതെല്ലാം എരുമിലേക്കാണോ തേടുന്നത് അതാ അതാ അതാ അതാ അങ് അപ്പൊ അങ്ങെന്താണോ ഇനി അതിനെ കൊടുത്ത് പാസാക്കിയ കഴിഞ്ഞ് അതിനെ പറ്റി പുറത്തോളം ഇത്ര കാലം അച്ഛന് ഇനി പഠിച്ചിട്ട് ബുദ്ധിമുട്ടുന്നില്ലായിരുന്നു ചെയ്യാൻ ബാധിച്ചത് ഏറ്റെന്താവും പഠിക്കാൻ വാദമായി അപ്പൊ നിന്റെ ഹാട് അടവസ്ഥ തേടുന്നതിനനുസരിച്ച് പുറന്നാക്കപ്പെട്ട എൽമുകൊണ്ട് മേശുകളേക്കുള്ള അപ്പൊ അതിലെന്തെല്ലുണ്ട് ലാഹിറായ എൽമുണ്ട് മാത്തിനായ ഇൽമുണ്ട് അതാ പറഞ്ഞു മമാ താലിനൊക്കെ നിന്നും ബില്ലാൻ ലാഹിറത്തി അതിൽ നിന്ന് ലാഹിതായ അമലുമായി ബന്ധപ്പെട്ട കൊന്ന് കൊന്നുണ്ട് എന്തെല്ലാം മീൻ താലിലും അങ്ങനെ കൊണ്ട് പോട്ടെ നിസ്കാരം സഹാറത്ത് സൗമ് അജ് പറഞ്ഞാൽ അജ് പൈസ ഉണ്ടെങ്കിൽ തക്കാത്ത് പേരില്ലാത്തവനും പിന്നെ തക്കാത്ത് മാങ്ങണ്ടോനാണെങ്കിൽ പിന്നവൻ എങ്ങനെ കൊടുക്കാൻ പഠിക്കുന്നു അവർ പറഞ്ഞ അതിനല്ലല്ലോ പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞ വിഷയമുണ്ടോ ഈ പുതാറിനെ പറഞ്ഞാൽ കഞ്ഞുപിടിക്കാൻ പേസില്ലാത്ത ആരാണെങ്കിൽ തക്കാത്ത് മാങ്ങേണ്ടവനാണ് അത്ര ബുക്കാറാകാന്ന് ഇവര് തക്കാത്ത് കൊടുക്കാൻ പഠിക്കണം ഇന്നലെ വിളിക്കുന്നു വേറെ ആരെങ്കിലും ചോദിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു അത് ഓറ് പറഞ്ഞത് ഇത് മുത്തപ്പാറ്റ് കണ്ടുകയായിരിക്കും ബാറ്റൽ പോന്നാറ് മിനിറ്റ് അപ്പൊ നിന്റെ സ്വന്തം ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കോ കണ്ടുപിടിച്ചു ഇനി അഹമ്മല്ല ഇനി അതിൽ ഒരു അഹമ്മായ ഓറ് കാര്യം പറഞ്ഞില്ലേ സരാത്ത് സഹാറത്ത് കോമന്റും പറഞ്ഞില്ലേ അതിൽ അഹമ്മമായി ഒന്നുണ്ട് അഹമ്മദ് അഹുൽക്കുല്ലു എല്ലാവരും അത് ചാടിക്കാഞ്ഞിരിക്കുകയായിരുന്നു അതിനായ കാര്യത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒന്നുണ്ട് അതെല്ലാവരും ചാടിയിട്ടുണ്ടെന്ന് പറയുന്നു ഏതാ സിഫാത്തിൽ സിഫാത്തിനെ കുറിച്ച് അറിയാൻ അതിന് രണ്ടുണ്ട് കൽബിന്റെ സിഫാത്തിൽ നിന്ന് മഹമ്മൂദായ സിഫാത്ത് ഉണ്ട് സോദ് തവക്കുകൾ ഇരിക്ക പോലെ മഹബത്തുണ്ട് ഉൽസുണ്ട് അങ്ങനെ പഴയ കാര്യങ്ങളുണ്ട് മായുതമ്മുണ്ട് ഹസത് ഇരിയാദ് പോലാത്ത കാര്യങ്ങൾ അത് അത് എന്തൊക്കെയാണെന്നും അത് എന്തിനെന്തൊക്കെയാ ഉള്ളതെന്നും അറിഞ്ഞത് എല്ലാവരും ചാടിക്കളഞ്ഞ് തുറന്ന് അയിനായ കാര്യം ഇത് രാജംത്തായ സിഫാത്തിനെ തൊട്ട് ഒരൊറ്റ ബഷറും അമ്പിയാക്കളൊഴിക ആരും ഒഴിഞ്ഞ് ഒഴിഞ്ഞു നിന്നിട്ടുണ്ടാവില്ല നമ്മൾ വിചാരിക്കുന്ന നമുക്കില്ലാതെ പാറാക്കാറുള്ളതെന്ന് നമ്മൾ നമ്മളെപ്പറ്റി തീരുമാനം എടുത്തോണ്ടായിരുന്നു നമുക്ക് ഹെർത്ത ഒന്നുമില്ല നമുക്കില്ലാകാം ഒന്നുമില്ല കാര്യ നമുക്കൊന്നുമല്ല നമ്മ മൈമതി ചോദിക്കില്ല വിനങ്ങനെ ഉണ്ടെങ്കിൽ നീമതി ചോദിന് തത്യുള്ള പല ചോദീനിതത്തിൽ ഉണ്ടെങ്കിൽ അക്കമാ ഇങ്ങനെ തുടങ്ങി അതിന്റെ കൂടപ്പുറപ്പായ ഒരുപാട് കാര്യമുണ്ട് അതിനെ തൊട്ട് ആരും ഇവല്ല ഇതിലും പതിമൂന്ന് ന്താണ് മനസ്സിലാക്കുന്ന മുഹലിക്കാത്തിൽ പെട്ട ണ്ാദിമാനുഹ ഇതിനെ ചാടിക്കളയിൽ വന്നില്ലേ അത് അപ്പൊ മിനൽവാജിബാത്തി എന്താക്കും വാതിബാത്തിൽ നിന്ന വരുമാലുഖാന്റെ ഹർ വരാൻ പോകുന്നുണ്ട് അതായത് ഇത് ഉപേക്ഷിച്ചുകൊണ്ട് വായം മാത്രം കെട്ടിത്തിരിയുന്നു അത് ഉദാഹരണം പറയുന്ന ശരീരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പുണ്ണുണ്ട് ആ പുണ്ണിനെന്താക്കുന്ന അത് ജീവിക്കാതെ കണ്ട് പുറത്ത് ഇങ്ങനെ ഇങ്ങനെ കണ്ട് മതിയാക്കി ഇന്ന് ഈ തേയില കാര്യം ഓർത്തിരിക്കുന്നു ഏതോരം കൊണ്ട് സുഖനാവലി യു ലാഹി അതാ അത് തുല്യമാണ് ശരീരത്തിന്റെ ബാഹ്യഭാഗം എണ്ണ പൂശും അന്തോ വാടിച്ച് വെച്ചിട്ട് തിലൻ എപ്പോൾ ചെറുബി ചൊറി വന്നിട്ടു ചോറി വന്നിട്ട് ഭയങ്കരമായ കുറച്ച് ചർമ്മരോഗം വർദ്ധമാമീന് അതുപോലെ കുരു മകടാ ഇതെല്ലാം വന്നപ്പോൾ എന്താ പറയുക പുറത്തുപോകും തേടം തേച്ചിട്ട് ഇവിടെ മതിയാക്കി എന്തുകൊണ്ടാണ് ഈ ചൊറിച്ചത് വന്നതെന്ന് ഉള്ളിൽ ചികിത്സിക്കാം ഉള്ളി വന്നുകൊടുത്തില്ല ആ തേടം തേക്കിന്റെ തുല്യത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കരുത് ഉപേക്ഷിച്ചിട്ടോ ലാഹ്യതായ അന്മാരകളെ കൊണ്ട് അങ്ങനെ സൂരഹാബോലി ഇഹ്ലാദിൽ ഉള്ളിലുള്ള രോഗത്തിന്റെ അശലകൾ ഉള്ളി ഒഴിച്ചിടക്കുന്നത് അതിന് പുറത്തു കളയാൻ വേണ്ടി വന്ന് ഉപേക്ഷ വരുത്തുന്നു എങ്ങനെ പുറത്തു കളയേണ്ടത് പിന്നെ പദ്ധതി ഒന്നിക്കേര് കൊത്തിച്ചിട്ട് അയാൾ പഴയ കാലത്ത് ചികിത്സയാണ് കൊത്തിച്ചിട്ട് ദുസിച്ചി രക്തല്ലാം കളയുന്നു ബ്ലഡ് ശുദ്ധീകരിക്കണ്ടേ അല്ലെങ്കിലോ വൻ കളയണം പിന്ന വയറടക്കം അല്ലെങ്കിൽ കൊത്തിക്കൽ മുതൽ മുതലായത് കൂടിയിട്ട് ഉള്ളിലുള്ള ദൂശം തീർക്കാതെ കണ്ട് പുറത്തുപോറും തേലം തേക്കാനുണ്ടാകരുത് അതുപോലെയായിരിക്കും ഉള്ളിലുള്ള കിബ്രഹച്ചത് മുതലായവ കളയാതെ കണ്ട് നാഹുരായ മനോട് മാത്രം നേരെ കുറ്റിയുണ്ടാകരുത്യ്യത്തുള്ള ഈ ഉലമായിൽ നിന്നുള്ള ഹെറ്റവീയാക്കൾ ഹറ്റവിയാക്കൾ ചേട്ടാ ബാസിനിലേക്ക് യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ കണ്ട് പുറം വാഹനം മാത്രം ഇങ്ങനെ അതിൽ അവരുടെ പരിപാടി അതുപോലെ എന്നറിയോ ഈ റോഡിന്റെ ഫുട്പാത്തിൽ ഉണ്ടാവും ശൈലം വെക്കുന്ന കൂട്ടുന്നത് ഓർക്ക് ആശുപത്രി ഇല്ല അഡ്മിഷനും ഇല്ല ഉള്ളി വരുന്നോടിക്കലില്ല എന്നുള്ള ചേരും അമ്മയും തേച്ചാൽ എല്ലാം വ്യക്തമാകുന്നുണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടാക്കി അങ്ങ് അക്കി അതപ്പ തുറക്കീർ ചെയ്യുന്നുണ്ട് ഹറ്റവീയത്തിൽ യുഷീറോടെ മില്ല അറി വാഹന സാഹിതരായ അഴമാലുകളെ കൊണ്ട് ഓർ ഇങ്ങനെ വിചാർത്ത അത് അത് ഉള്ളിച്ചക്കണമോ തൈ ആവണമോ എന്നോ അങ്ങനെ പരേ പരിപാടി ആസൂത്രണം ചെയ്യേണ്ടത് അതേതുപോലെ ഉണ്ട് ക്ഷമാവിധിയോ തുറുക്കൈ തമ്മിലുള്ള അസിബ് ഈ റോഡിന്റെ കയ്യിൽ മരുന്ന് വെക്കുന്ന കുട്ടിയല്ലേ മുട്ടും വെച്ചിട്ട് മേൽപ്പച്ചിലും കൊണ്ടുവച്ചിട്ടുണ്ടാവും ആ ഓർ ആരെങ്കിലും നിങ്ങളെ വെച്ചന്മാർ ഉത്തരവാദിച്ചെടുത്തിട്ടുണ്ടാവും നിങ്ങൾ പെരുമാനം കുടിക്കുന്നുണ്ടല്ലോ എന്താ കുട്ടിയെ എന്തായാലും ഉത്തരവാദം ഇവിടെന്താ തന്നത് പിന്നെ കാണൂല ഓർക്കാർ പറഞ്ഞില്ല ഇനി റിയാക്ഷൻ വന്നാൽ മരുന്നേണ്ടതും വല്ലതും ഇല്ല ഒന്നുമില്ല ആ വെള്ളിയോരത്തിലുള്ള ബെഞ്ച് മാറാണെന്ന് വിൽ ഓറും പറഞ്ഞൊക്കെ തൈലം നന്നിട്ട് മേത്തിയെറ്റു ആ കോലത്തിലാണ് ഈ ജാതി പ്രാസംഗം ആയമുണ്ടായിരുന്നത് എല്ലാരും തൊവാച്ചി കല്ലാത്ത വിരാണം ചെയ്ത് ആയ തോബയായും അതെ എല്ലാവർക്കും തൈലം പറഞ്ഞ് പാട് ഞാൻ ഉപയോഗിക്കുന്നില്ലേ മസലിന്ന് അതിനെന്താണ് ഇങ്ങനെ കണ്ടെത്താം എന്ന പൗരമാവല്ലാസത്ത് എന്താക്കുന്നത് ബാത്തിനണ്ട സഹീനലേക്കെല്ലാതെ കണ്ടുപോ ഇല്ല അതുപോലെ വക്കത്തിന് മവാദി ചെറിന്റെ കേന്ദ്രങ്ങൾ എവിടെയാ ഉള്ളത് അതിന്റെ മുരട് ആ മുരട് പൊയ്ക്കാൻ എന്നോട് പറയാം അതെങ്ങനെയാണ് ആ മാസ കടയിലെങ്ങനെ മഹാരിഹാമിയൽ കൽവി കൽവിൽ നിന്ന് ഇത് മുളച്ച സ്ഥലമ വഴിയാണ് അത് വലച്ചിട്ട് തളച്ചും വളർന്നത് എവിടെന്നും നോക്കി കണ്ടുപിടിച്ചിട്ട് വേദി മുഴുവൻ രീതി എന്ന ഒരു ഉലമാ ഉദാഹരണത്തിന്റെ വരുവായി എന്നാ ആ ബാസിന് മുമ്പിച്ചിട്ട് പെറും ലാഹിതന പരിപാലനം കൂടാനുണ്ടോ ഇവിടെ ഇത് പറയാൻ പഠന എളുപ്പമുണ്ട് ഇങ്ങോട്ട് ചെയ്ത് ചെയ്തുകൂട്ടാൽ മതിയല്ല ചെയ്തുകൂട്ടാൽ മതി മറ്റേതാവുമ്പോ കുറച്ച് അധ്വാനമുണ്ട് കുറച്ച് ഭയങ്കരമായ അറിയാതയും ജിദ്ധും ഇതിഹാദും കഷ്ടപ്പാടൊക്കെ വേണോ അവിടെ എളുപ്പങ്ങളുടെ വേഗം ആക്കു പറഞ്ഞിടത്ത് അതിന്റെ മാർഗം ആയല്ല ശുപത്രി കിടക്കണോ മറ്റേ വയറിളക്കണോ മറ്റവൺമെന്റ് ചെയ്യണോ ഏഹ് പച്ചം പാലിക്കണോന്നെല്ലാം പറഞ്ഞു കിട്ടോ പച്ച പാലിക്കണമെന്ന് ആളക്കിട്ടില്ല കുറച്ച് ഇഷ്ടം എല്ലാം തൊണ്ണൂട്ട് തന്നാൽ എന്തോ മരുന്നോ എണ്ണ കൊടുക്കും എണ്ണ കൊടുക്കും പറഞ്ഞിന്ന് സോപ്പിടാ സോപ്പിടുന്നില്ലല്ല സോപ്പിടലി സ്ഥലത്ത് സോപ്പിടല് അപ്പൊ വേറെ പറഞ്ഞുകൊടുക്കണ്ട അവർ എണ്ണമാവില്ല അതാണ് വാഹന ഇത്ര പ്രചരണം കിട്ടാനില്ല കാരണം എന്താ പറയുന്നത് അഹമാലിനെയൊക്കെ എല്ലാരും പാഞ്ഞുകൂടി എന്തി അൻ തീരെ കല്ബിന്റെ കഥഹിഎ അപകടിച്ചിട്ട് ഇങ്ങോട്ട് പോകാൻ കാരണം എന്താണ് അഹമാരൽ ജവാനിഹി അങ്ങക്കളെ കൊണ്ട് ചെയ്യുന്ന പണിയുണ്ടല്ല അത് വളരെ എളുപ്പമാണ് വളരെ എളുപ്പമുണ്ട് എനിക്ക് പ്രകടിപ്പിക്കുന്ന പ്രകടിപ്പിക്കാനില്ല കൽവിൻ ആയ്മാനോ വളരെ പ്രയാസമുണ്ടല്ലോ അവരുടെ പ്രയാസമുണ്ട് ഇതിനാളൊക്കെ തീരാം അതെന്തും പറയുന്നതാണ് പോരപൂസ്റ്റലിലേക്ക് മാത്രം ചികിത്സ മാറിയതുപോലെ ആഴികം മഞ്ഞിഷ്ടത്തിന് ചെറുമല്ലതു വീത്തിൽ മുഖത്ത് കൈപ്പിള്ള മരുന്ന് കുടിക്കണം പദ്യം പാലിക്കണം എന്നൊക്കെ പറഞ്ഞാലേ ആളൊക്കെ തൂലാം അപ്പൊ പുറത്ത് തേക്കലെങ്കിൽ മതിയാക്കി എന്നുണ്ട് നല്ല ടിപയിൽ തോന്നും അപ്പൊ പല ആയതാലും എത്ര വസ്ത്ര പുറത്ത് തേക്കലേ തേക്കൽ തന്നെ ഒന്ന് തീരുമ്പോ ഒരു മോട്ടലങ്ങട് വാങ്ങി എടുക്കുന്ന തേക്കലേ തേക്കൽ ലോകം വയസ്സീതത്തിൽ മവാഗ്നി മവാദിനി സാഹിത്യായിരിക്കും ഏതാ മവാഗ്നി പുറത്ത് വേഗം തോറും ഉണ്ടാക്കും രോഗത്തിന് പുറത്തു ചാടാനും ഞങ്ങളുടെ ഉള്ളിലടിച്ചമെടുത്തില്ലേ മറ്റേതാകുമ്പോൾ പുറത്ത് ചാടിയിട്ടെങ്ങനെ എങ്ങനെ തന്നെ കേടും ഇതെല്ലാം വന്നിട്ട് പിടിച്ചിട്ടെല്ലാം പുറത്തു പോകില്ല ഇത് പോകാൻ പറ്റില്ല സേ ഞങ്ങളുടെ അമൃത് അപ്പൊ മൊത്തത്തിലുള്ള അപ്പൊ പിന്നെ രോഗങ്ങൾ അതുകൊണ്ട് ചക്കടി കൂടലുണ്ടാകും പൈൻകുന്ത മുരീതൽ ശാശ്വതമായ ഹലാറ്റിനെത്തൊട്ട് നീ ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നുവോ അതുപോലെ നജാത്തിനെ തേടുന്നുവോ ആഹൃതത്തിനെ ലക്ഷ്യം വെക്കുന്നുവോ ആണെങ്കിൽ ഭക്ഷകൾ ബാസിനായ ഇല്ലത്തുണ്ടല്ലോ ആ അതെന്തൊക്കെയാണെന്നും അതെന്തൊക്കെയാണ് എന്നിലുള്ളതെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അയച്ചു വൈരാധിക അതുപോലെ അതിനെ ചികിത്സ കാണാനും അതെവിടെയുള്ളത് അലാപത്തൽ മോഹൻലിക്കാട് നാസ്റ്റ് അതിൽ അതിന് മോദി കഴിഞ്ഞുപോയി റബോയിൽ മോഹൻലിക്കാട് കഴിഞ്ഞി മോദി റുബോൽ ഇമാതാത്ത ഒബൻഡ് തുടങ്ങിയതാണ് റബോൽ ആദാത്തും കഴിഞ്ഞി അതേതാ കഴിഞ്ഞു കറിയില്ലേ നമുക്ക് ഇന്നെത്രത്തോളം അറിയാതെ ഹരികല്യൻ തുമ്പയഞ്ചർബിക്ക് മക്കാത്തിൽ മഹമൂദി അങ്ങന ഈ ഇല്ലത്തുകളെ കുറിച്ച് അറിഞ്ഞ് അത് ചികിത്സയും ചെയ്താലും അറിയോ മഹമൂദക്കായ മക്കാമിലേക്കട അങ്ങനെ വെച്ചോളൂ സഹലയെ താത്തിയാൽ എന്തായിട്ട് ഹരിയത്തിന്റെ ഭാഗം തുടങ്ങി അതെവിടെ അൽമക്കൂറബി റൊബിദൽ മുൻജി ആത്തിൽ നാം വിശദീകരിച്ചിട്ടുണ്ടല്ലാ മഹാലത അതോടെ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ബാക്കിയെല്ലാം കഴിഞ്ഞു എന്റെ കാരണം എന്താ ഫൈൻ നൽകൽ മതമോ മതമോമിനൊട്ട് പാല് കാത്തിയാൽ ഇൽകലബി മഹമ്മൂദ് കൊണ്ടെന്ന് ഉറിയുക എന്നുള്ളത് സ്വാഭാവികം അപ്പോ സഹലിയത്തിന്റെ അനന്ത സഹലിയത് വൽ അർ മൈദി ക്രിമിനൽ ഹൈസി അതിന് ഉദാഹരണം പറയുന്ന ഒരു ഭൂമി പുല്ലും പൊടിയെല്ലാം കൊത്തി വൃത്തിയാക്കിയ നെമത അസ്ലാ ഫുദ്ധർ വെറുതെ യാഹിൻ നല്ല നല്ല ധാന്യങ്ങളും അതുപോലെ പുഷ്പങ്ങളൊക്കെ അതിൽ വേറെ മുറക്കാൻ കഴിക്കും ആദ്യം കടല കൊത്തി കളയണം എനിക്ക് ചെടിയ വെക്കാൻ വയനം തപ്പറുഖം ആദ്യം പറഞ്ഞ പുല്ലും പൊടിയും പൊടിയും കളകട്ടില്ലെങ്കിൽ മറ്റേത് മുളച്ചുത്തൂല അതുപോലെ തഹലിയെ താക്കീലെങ്കിൽ തഹലിയെത്തടക്കൂല നിന്ദാടിക്കാന്ന് നേരിപ്പ മുമ്പ് പറഞ്ഞ ഹഷീഫും പുറ്റും പറയും അതിനെ തൊട്ട് പാലുക ആക്കിയില്ല എം തമ്പുത്ത് ധാടിക്കാൻ മറ്റേതും ഉറപ്പുവിട്ടൂല അതുകൊണ്ട് പല സെക്സകൾ നീ ഫറൂണിൽ കിഫായത്ത് കൊണ്ട് നീ ചുവലാബണ്ടാ സിങ്ങമ എത്ര പ്രത്യേകിച്ചും നീ ദും കൽക്കി വടപ്പുകളുടെ കൂട്ടത്തിലുണ്ട് മംഗ് കാമബിഹ അതുകൊണ്ട് നിലനിൽക്ക ഒരുപാട് പാർട്ടിക്കാർ വേറെ ഉണ്ടാകുന്ന നിയന്ത്രിപ്പണി ചെയ്തു അത് നർത്തിക്കൊടുക്കാൻ പറ്റുന്ന ആളല്ല അപ്പുറം ഉണ്ടല്ല വലിയ വലിയ വാസ്പദത്തിൽ മെഡിക്കൽ കോളേജിലും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വേറെ വിലയാവേ നിൽക്കണമെന്ന് പറയുന്നു നിങ്ങൾക്ക് വേറെ പണിയുണ്ടാവും പറഞ്ഞാൽ പുറമോമൊരു കീപ്പായ കൊണ്ട് നിൽക്കുന്ന ഒരുപാട് പാർട്ടിക്കാർ വേറെ നിലനിൽക്കുന്ന അവസരത്തിൽ നീയെന്തിന് നിന്റെ സ്വന്തം സമയം കളഞ്ഞിട്ട് നീ പോകുകയാണെന്ന് വിലക്കിടുന്നു ഫൈന് മുകളില നഫ്സിഹി ഭീമാവിഹി സദാഹുദൈനിഹി മറ്റുള്ളവർക്ക് ഉപകാരം എത്തിക്കൊണ്ടിട്ട് സ്വന്തം ലത്തനെ ഹലാക്കുന്ന ആള് തസീന്ന് അവനെ ബേസിപ്പി അവനാണ് തസീ സ്വന്തം ഹലാക്കാകാൻ മറ്റൊരാളാണ് വേദിച്ചത് ഹമാനിയും വസ്ത്രത്തിന്റെ ഉള്ളിൽ ഭയങ്കരമായ പാങ്കുണ്ടാണെല്ലാം കേറി കൂടിയിട്ടുണ്ട് ഏ വഹമ്മി കത്തിരി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കും അത് ഇവരെ കടിച്ചിട്ട് കൊല്ലാൻ അപ്പോഴേക്കും നിങ്ങളെ അതാ കൊതുകടിക്കുന്നോക്കട്ടെ നിങ്ങളെ കൊടുക്കൊതു പുറത്ത് കൊതുകടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ മാത്രം എന്താ കൊടുത്തുള്ളത് നിന്റെ പാമ്പിനാദ്യം കളിക്കുന്നത് ഓർമ്മ പറയും ബഹുമാൻ എത്തുന്ന ഇവനെന്താ ഇവിടെ നിന്ന് മതിബത്തൻ മിതംബത്തൻ ഒരു വടി നോക്കട്ടെ എന്തിനാ വണ്ടി യൂത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഏറ്റവും ഈച്ച വെച്ചതിനൊന്ന് പാലിക്കട്ട് പഠിക്കണ്ട കൊണ്ടാന്നാ പറയും എന്നാലും കണക്കത്തെ പോയത്തക്കാർ സുഞ്ഞാൽ നിന്റെ വാപന കൊല്ലം വടി എത്താം എന്തിനാ ബഡിഫർ മറ്റന്നാളും അരണ്ണാട് മിമ്മല്ല യുഗനീ വദാ യുദ്ധീ മിമ്മിമ്മി മിൻസിൽ പാച്ചോർ തമ്മൻഷൻ ഉണ്ടല്ല എനിക്ക് വരുന്ന ഉപകാരത്തിനെത്തും നിന്റെ ടീച്ചിനുള്ളിൽ കടന്ന പാമ്പിനെ കടങ്ങനെ സാധിച്ചു അതുണ്ടാവൂല ഓൺ ഇതിന് പ്രത്യേകം ഇന്ന് പോകുന്നു അതാ വലാ ഇഞ്ചി ഇവ രക്ഷപ്പെടുത്തൂല്ല ഇവനിക്കൊരു ഉപകാരത്തിനെത്തൂല എന്തിനകത്തൊട്ട് മിമ്മ ഇവരാക്കി ഹയ്യാത്തി വല്ല കാറി കുഞ്ഞു ഉള്ളിക്കറി കൂടിയ പാമ്പ് ആ അതിൽ നിന്ന് കണ്ടുമുട്ടുന്ന ഒന്നിനെ തൊട്ട് രക്ഷപ്പെടുത്താൻ നീ ഇജനാട്ടിക്കൊട്ടാൻ മനസ്സിന് ഉപകാരത്തിന് വരില്ല എന്നല്ല നമ്മൾ മറ്റൊമ്പ അന്നമേ ഈറ്റിനും പൈസ അമ്മ കഴിച്ചത് അതിന് വേറെ ഓർമ്മയില്ല ഇതാണ് അമ്മത്തിനീ വൈൻ അതാണ് നീ ഒന്നാം കട്ടിയിൽ പൊട്ടോണ്ടു വന്നത് അല്ലേ ഇനി വൈദ വൈൻ തപം തസഹീന നിന്റെ നസ്തി നീ പാറാകായി അതിലെല്ലാം തസഹീന ഉണ്ടാക്കി ഇനി എല്ലാ പാകത്തിൽ ക്ലിയർ കഴിഞ്ഞാൽ എന്തുള്ളു ഇനി ബാറാജിന് കൃതികളാക്കാൻ നയിക്കാൻ കഴിയും നോക്കാം അതൊരു അല തറച്ച് ലാഹിരളി മബാസിനിസിമിന്റെ ലാഹിരം ഒഴിവാക്കാൻ കഴിഞ്ഞും ബാത്തിനും ഒഴിവാക്കാൻ കഴിഞ്ഞു ലാഹിൻ ഒഴിവാക്കരുതാത് ശരീരത്തിൽ കൂടിയാണ് ബാത്തിനൊഴിവാക്കൽ കൂടിയാണ് ശരീരത്തിൽ കൂടിയാണ് ഏത് ഇന്നിടത്ത് നെഡിയൂക്കത്തല്ല അത് ബാത്തിനികുണ്ടാക്കാനേ പറ്റില്ല വളരെ ലാഹിരള്ളി മബാസിന ഹോ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായാലും ശരീരത്തോടെ നെഡിയൂക്കത്ത് വരും ലാഹിറായിസിം ഒഴിവാക്കലാണ് ഇത് ശരീരത്ത് ബാത്തിനായുസം ഒഴിവാക്കാനാണിത് തരി അവരെയൊക്കെ പറയും കിട്ടുന്നു നമ്മ പറയുന്നതിനെ പറ്റിയല്ല അപ്പൊ വാഹിതും ബാധിനായുസിന ഒഴിവാക്കാനെനിക്ക് നല്ലോണം സാധിച്ച് ദക്ഷിണ സത്യഹീറാക്കാനൊക്കെ കഴിഞ്ഞിട്ട് വസാറാലിക്കേണ്ട ഇതാരൻ അതെനിക്ക് നല്ല പ്രാക്ടീസായ രീതി ഒരിക്കലും ഒരാൾക്ക് കാര്യമില്ല അതെ പ്രാക്ടീസ് പിടിച്ചു നിൽക്കാൻ ആദത്തൻ മുറ്റംക്കാൻ എനിക്ക് എളുപ്പത്തിനടത്താൻ നിന ആദത്തായി മാറിയിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ നിന്നും പക്ഷെ ഓർ പറയുന്നത് മമ അബാലതാലിക്കാൻ അത് പഴ എത്ര ദൂരത്താ ഉള്ളത് നിങ്ങളൊന്നായി കിട്ടുക നിന്റെ എല്ലാം തബശീറാക്കിയുള്ള ശരിയായി ബാസിനും ശരിയായി എല്ലായി ഇനി വേറെത്തിലേക്ക് പോയാൽ അവ എന്നുള്ള ഒന്നും ഇന്ന പകരൂലാന്നല്ല പറയുന്നത് അങ്ങനെ നാതിലുണ്ടാകാലിക്ക മീക്ക അടക്കുന്നവർന്നത അങ്ങനായി കിട്ടുമെങ്കിൽ ഫസ്റ്റ് നല്ലോണം ഞൂലയ്ക്കോ പക്ഷെ തർത്തീപ് ഉണ്ട് അതിന് ഒരു പടിയുണ്ട് ഒരു തർത്തീപുണ്ട് ആദ്യം ആവാദ്യം ഒന്നാന്റെ കിതാബ് കൊണ്ട് തുടങ്ങണം അത് ചാടീജ് വെറുതല്ലോ രേവതി പുറത്ത് കിഫായനിപ്പൊൻ ചേച്ചി അയോദി പുറത്തല്ലോ ആദ്യം ഒന്നാണ്ട് കിത്താബ് ബോർഡ് കൂടെ കട്ടെ അതിൽ പുറന്ന അയിനേത് പുറന്ന് കിഫായത് വിർദ്ദിരിക്കും അതിൽ പുറം അയനേടാ അന്തിമ നിഷ്കാരത്തിനാവശ്യമായ സുഹത്തുകളും അതിനെ ഓടാനുള്ളതും അതിന്റേതായ അർത്ഥം വെച്ചാതെ ആഹ് അപ്പം പറഞ്ഞ അതിനെ രണ്ടാ കാര്യം മാറ്റി പറഞ്ഞു അത്തയ്യാത്ത കിതാബൊന്നും അയ്യാം അത്തയ്യാത്ത കിതാബൊന്നും അയ്യാം പിന്നെ അതിന്റെ അപ്പുറമുള്ള മാറ്റുള്ള ദിലാവാസം ഉണ്ടാവും പിന്നെ അതിനുശേഷം ഏതെങ്കിലും തഫ്സിൽ പറയാനുള്ള ഒരു അർത്ഥമുണ്ടാവും അതുകൊണ്ട് കഴിഞ്ഞാൽ ദുരിതങ്ങൾ ആഫ് ആ ഇങ്ങനെ പോകുന്ന ഒരു അതിൽ മതി കിടക്കണ്ടാവും കൊണ്ട് തുടങ്ങട്ടെ ഹലീസുകൊണ്ട് പിന്നെയോർ പിന്നെ തഫ്സീറിന്റെ ഇന്ന് കൊണ്ട് തുടങ്ങുക ആ തസ്തീറിന്റെ ഇൽമു കിട്ടാൻ പിന്നെ സായി ഒളിവങ്ങൾ ആരുണ്ട് ണ്ട് മൻസൂഖുണ്ട് മഫ്സൂലുണ്ട് മൗസൂലുണ്ട് ഹെറ്റം ഉണ്ട് മുത്തച്ചാബി ഉണ്ട് ആ അങ്ങനെ കൊണ്ട് പോകുന്നു വക്കദാലിക്കുന്നത്ത് ഇതുപോലെ തന്നെ ഹീജുകളിലും ഉണ്ടാവും ആദ്യം കിതാബ് സുന്നത്തുകൊണ്ട് തുടങ്ങിയിട്ട് അതിന്റെ പുറത്തായതിനും പുറമെ കിഫായി ചോറ് ചോദിച്ചോടാം അത് കിട്ടാലോ തുമ്മത്തകൽമിൽ പിന്നെയാണ് സുറോയ്യാത്തിൽ കിടക്കേണ്ടത് ശരിയാകാണ്ട് പുറോജാത്തിനെ ബാധി തുറക്കുകയെന്ന് അതായത് ആ പുറോജിയാത്തും ഉദ്ദേശിക്കുന്ന മാത്രം നൂറൽഖിലാഫ് ഖിലാഫ് എടുക്കാനായില്ല നാല് മധബിന്റെ ഖിലാഫുകൾ അതിലുണ്ടായ ഓരോ ഈ രണ്ട് അയിമത്തിന്റെ ഖിലാഫ് രാഷ്ട്രീയത്തിന്റെ ഹീത്തി എടുത്തു കഴിഞ്ഞാൽ ശിഹാനിന്റെ ഖിലാഫ് അത് വിട്ടുകഴിഞ്ഞാൽ അതിൽ തന്നെ റംബിമാന്റെ യുനാകൃതം കഴിഞ്ഞ സിലാഫ് അത് തന്നെ കോഴിക്കോട്ടുകാരൻ അതാവർക്ക് അറിയുന്ന ഫിലാപ്പ് അത് തന്നെ മറ്റേ സമസ്തക്കാർ അവരെ തൊട്ടും ഇവരെ തൊട്ടും സിലാഫ് അതിൽ തന്നെയുള്ള മറ്റേ സിലാഫ് ഇമൂലർക്ക് അമ്മൂലർക്കും തമ്മിലുള്ള ഫിലാഫ് ഇങ്ങനെ പറഞ്ഞുകാരും രംഗത്തിലുണ്ടാകും അപ്പൊ അവരവർക്ക് പഠിക്കാനുള്ള ആ ഇഴിമുൽ മതകം ബന്ധമാണ് ആ സുറോയാത്ര മാത്രം പഠിച്ചാതെ നിൽക്കുക உம்மியு உசோல்திக்கு பின்ன உசோல்திக்கு ஹுதா வா ஹக்கத அங்கன தர்தீபாவட்ட الى <سؤال> பக்கியத்துல் ரோ பாக்கியந்தெல்லாம் ilmu nde nehab nde tharap nde palayum varanadikkundu ala ma yatafiulul umru man sadha fihi alwaqtu samayam ethra kanda nikku anubadhikkunnu inda ayath athrathorathil nilun athrathorathil pokko പക്ഷെ ഒരു കാര്യം ചെയ്യണം വല തെത്തകളിലേക്കും നമ്മളൊക്കെ പന്നിൻ വാഹിനിം നിന്ന് ഈ പറയപ്പെട്ട ഏതെങ്കിലും എസ്റ്റ പാനിൽ കാരങ്ങി ചൂട്ടാ പറ്റൂല എത്ര കൊല്ലം അഞ്ചാനവധി കൊല്ലം ഞങ്ങളെ അഞ്ചു കൊല്ലം എന്ന് പറഞ്ഞാൽ അഞ്ചും ഒന്നു പതിനഞ്ച് പേര് നടക്കുന്നതിന് കിട്ടാൻ അഞ്ചു കൊല്ലം ചിലവാക്കിയാൽ ഒരു കൊല്ലത്തിൽ പേരിലാവുക അഞ്ചാൻ എത്ര കൊല്ലം ചിലവാക്കിയ അൽഫൊക്കെ ഇത്ര കൊല്ലം മണങ്ങളെ വെറുതെ ദിവസം ഒരു മര്യോദയാ തന്നെ വെറുതെ ഒറ്റ മര്യോദയാൽ തന്നെ ആയിരുന്നു അവരുപത്തഞ്ചല്ലോ മുപ്പല്ല അൽഫക്കെ ഇളിവാക്കി എന്ന് പറഞ്ഞേക്കുന്നുണ്ട് അൽഫനെ കുറ്റപ്പെടുത്തി അല്ലേ എന്ന് അതിനെ കൊണ്ട് കാലിലൊട്ടിച്ച് ഈ കാളവട്ടിനെ മോഡലാക്കി അക്കിനൊട്ടിയ മോറ്റം മാറ്റി കുട്ടികൾ അയച്ചു കളയുന്ന പറയുന്നു പതിനഞ്ച് പേരിൽ സപ്താക്കാരി മറ്റേ മണിക്കൂറോണ്ട് ഒരു ഇഷ്ടത്തിനാണ് ചെലഹ് വിട്ടു നിർത്തുന്നത് അന്ന് അവർക്ക് പതിനഞ്ച് വയസ്സാണ് ചെറുപ്പത്തിൽ സപ്താക്കാരിമായും മറ്റേ പെണ്ണു തുറക്കല്ല അഞ്ച് ഇഷ്ടത്തിൽ ഒരു മണിക്കൂറോട് ചടങ്ങി തീർത്തുണ്ടാവുണ്ട് അത് അഞ്ച് വയസ്സിന് കിട്ടിണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ മെടുക്കരുടെ കുട്ടിക്ക് കിട്ടുന്ന ആളുള്ളത് അരമണിക്കൂർ ചെക്കാൻ ഈ വർഷം മാസം ഇരുപത്തി മൂന്നര മണിക്കൂർ അരങ്ങുന്ന പൊളിയിലുള്ള ഇതിന്റെ കപ്പാസിറ്റി ഏകീകരിക്കണ്ടേ ഒരാൾക്കായി ഇരുപത് തലക്കെ തൊട്ട് നടത്താനും ഉണ്ടാവും ു കുട്ടികളെ സമയം പോയി നമ്മുടെ സൊറോന്ന് കിഫായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫണ്ണിൽ മാത്രം നമ്പർ മുഴുവനും തീർക്കാൻ പറ്റൂല അതെന്താ തീർക്കുന്ന തലബല്ല അത് കഴിഞ്ഞ അങ്ങിയച്ചത്തത്തെ മുമ്പിൽ തന്നെ സ്നേഹം <ip> ീ പറയപ്പെട്ട ഈഫണ്ടല്ലോ ഇതാണെങ്കിലും വെറും ആലാത്ത് മുക്കി മാത്തുമാണ് വലയിസത്ത് മസുലൂബത്ത അത് ഹൈരന് വേണ്ടി മസുലൂബല്ല വെറും വസീലകൾ മാത്രമാണ് ഹൈരന് വേണ്ടി മസുലമാണ് വക്കുല്ലി ഹൈരിഹി വൈരന്റെ വേണ്ടി തേടപ്പുറന്നും വസീനാക്കാൻ പറ്റുന്ന കാര്യമുണ്ടല്ലോ അന്നേരം പല മക്കളും മത്തല് മറന്നു പോകാൻ പാടില്ലല്ലോ സ്റ്റേഷനടിക്കാൻ പമ്പിലാകെറിയേ എന്തിനാ പമ്പിക്കേറിയാട്ട് എണ്ണ അടിക്കാന് എണ്ണ അടിക്കല് മത്തലൂപ മറ്റേ വൈര് ഇങ്ങാത്തീരാ ആടെ കോഴിക്കോട്ട് പോകുമ്പോൾ മറന്നിറന്നു പോകാ പമ്പിക്ക് എറി കോഴിക്കോട്ടേക്ക് ആ പോണ്ട് വടിയും പിടിച്ചിട്ട് അത് മറന്നു ഇപ്പ എന്താണ് പമ്പിച്ചറിയുന്നു എനായിരിക്കാം കറിയിരിക്കുന്നു മസുലോപ്പ് മറക്കുക എന്നിട്ടോ മതി സമയം വൈവശത്തൊക്കെ ചെയ്താൽ അതിൽ നിന്നങ്ങനെ പെരുപ്പിക്കുന്ന വെപ്പിക്കന്നെ അഭയും കഴിഞ്ഞ മക്സോ താഴെ സാധനം മക്സോ എന്നുള്ള ധാരണയിൽ അങ്ങനെ കാലങ്ങൾ ചെയ്യുന്നു ഇനി പിന്നെന്താ വേണ്ട ലോകത്ത് പ്രസിദ്ധമായത് എന്താ ഗൈറുപ്രസിദ്ധം ഉണ്ടോ അല്ലെ ഗൈറപ്രസിദ്ധം ഒന്നും ഇപ്പൊ തൊടേ ആവശ്യമില്ല പ്രസിദ്ധമായതെടുക്കേ കലാമുൽ അറബ് അറബികളെ കലാമ് തിരിയാൻ ആവശ്യമായ എന്തൊക്കെയുണ്ടോ അത് അതല്ലാണ്ട് മറ്റേ അതീമായ ഇന്ന് കാട്ടുമല്ലേ കിടക്കുന്ന ലോകത്തൊന്നും പഠിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല അതുകൊണ്ട് നീ ചുച്ചിരിക്കാൻ ആവശ്യമായത് എനിയോ ഗരീബായ ലോകത്തുണ്ടാവും ആ ഖരീബ ലോകത്തേതാ ഖുർആാനിലും ഹദീസിനും വന്ന ഖലീബ ലോകത്ത് മാത്രം പഠിച്ചാൽ മതി അറബികളെ പാട്ടിലോ ഇങ്ങൻ കേസ് പാടിയതും മറ്റൊരു കലോടിയം പാടിയ പാട്ടിൽ നിന്ന് ഖലീബിൽ ലോകത്ത് പഠിക്കണം ലോകത്തിൽ നിന്ന് ഖരീബുണ്ടാകും അതും നീ ചുരുക്കണം ഖരീബിൽ ഹബീബ് ഹദീസിലോ ഖുർഹാനിലോ വന്ന ഖലീബായ പ്രയോഗങ്ങളെ മേലിൽ ചുരുക്കുക ഓ തരത്താൻ പൊക്ക നീ അതിൽ ആഴത്തിൽ പോകല്ല നീ ഒഴിവാക്കിയാണ് വേണ്ടത് കണ്ടമാന അതിന്റെ മുന്നേക്ക് അങ്ങനെ പോക്കണ്ടല്ലോ അത് ഹത്ത എങ്ങനെ അരീ കിടന്നു കൂടി അത് ചെയ്തിട്ട് മോശങ്ങളോടും കഴിഞ്ഞ് പോലും എന്നിട്ട് ഹത്താരെല്ലാം റിവിസ്റ്റ് അല്ല എന്നുണ്ടല്ലോ മൊത്തത്തിൽ ഹത്ത എങ്ങനെ അരന്റെ മുകളിൽ കിടന്നു അതാ ചർച്ച എന്താണ് ഈ ഒറ്റയും കൂടി കുഴപ്പമില്ല ഹത്ത കടന്നും മിശുന്നറിയില്ല നിങ്ങളൊന്നും സംഭവത്തിന്റെ വേറെ ായ സാധനമുണ്ട് അത്താന്നൊന്നാണ് സാധനം ശബ്ദം കൂടിയുണ്ട് ഇതങ്ങനെ എന്നോട് വക്കത്തച്ഛനീ നെഹവ് വേണ്ടേ വക്കത്തരം നെഹവിൽ നിന്ന് നീ മതിയാക്കണം അലാമായും കിതാബി വസുന്നത്തുമായി ബന്ധപ്പെട്ടവണിന്നോട് എന്നാൽ തന്നെ വളരെ എമ്പാടുമായി فما من علم ان دل ما يالهم الا على اختصار وقيصا وتقصا مون مرتبه ইল্লাত ஒரு பாயிண்ட் உண்டாகுला ஒரு அடীরে படி உண்டாவும் ಅದ இல்லே நின்ன மோட்டை ஒரு நடுතරണ്ട് ஒரு अंग ஏற்றுண்டு ரெண்டு பாகு மோட்டன்னாரை மুক্তபிலவும் وانا نحن نسيرو اليها في الحديث بالتفصيل والتقي والكلام അപ്പൊ നമ്മളെ സൂചിപ്പിച്ചത് എൽമിന്റ് എല്ലാ ചാകുന്നില്ല മൂപ്പർ ആകെ എണ്ണീ എത്ര സുന്നത്ത് തഫ്സീർ മുതലായാലേ എണ്ണിട്ടുള്ളൂ അത് അത് പ്രധാനപ്പെട്ടതാ അതുകൊണ്ടാണ് പറഞ്ഞു നീ അത് ക്യാസാക്കി പിടിച്ചോളൂ ബാക്കി ഇതെല്ലോ മുതൽ പറയാനുണ്ട് ഇതിലെ നാം സൂചിപ്പിച്ചിട്ടുള്ളൂ മറ്റുള്ളതിലൂടെ അയയ്ക്കോ അപ്പൊ ഹദീസൽ നിന്ന് ഈ മൂന്ന് വർത്തബ പിന്നേതാ തസ്തീറിൽ നിന്ന് മൂന്ന് വർത്തബിൽ നിന്ന് മൂന്ന് വർത്തം അവരവൽ മൂന്ന് മൂന്ന് മർത്തബുണ്ട് ബാക്കിയെല്ലാം നിയാജ്പ്പിടിച്ചു മനസ്സിലേക്ക് കൊടുക്കണം അത് എത്തി എ മൂന്ന് മർത്തബനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കുന്നുണ്ടായ ഖുർആാനിന്റെ അളവിലേക്ക് ചേർന്നിട്ട് ഖുർആാന്റെ രക്ഷി എത്താവുന്ന പാടത്തിറങ്ങിയാണോ അതാണതിനെ ചെറുതും ഖുർഹാന്റെ മിക്സാലെങ്കിൽ രക്ഷി ഉണ്ടാവുമല്ലോ സമാസന്നലെ എന്നും അങ്ങനെ തസ്തി എഴുതിയിട്ടുണ്ട് അത് ഏറ്റവും ചുരുങ്ങിയ വജീത എന്നിട്ടോ ലത്തിൽ ഖുർഹാനിന്റെ മൂതരട്ടി വരുന്നു ശില്പത്തിലേക്ക് ഉള്ള തസ്തീലുണ്ടാവും കമാതന്ന ഭൂമിയാൽ വസയിത്തിന് വാഹീവന്റെ ഒരു മതി കിടക്കുണ്ടാക്കി വന്നുണ്ട് വമാവളിക്ക അതിന്റെ അപ്പുറം തരുന്ന തസ്സീലുകളോ അത് ഇസ്റ്റ് സാധുൻ മുസ്തകനുഭവമാണ് അത് അമിതമം പുസ്തകൻ അനുഭവം പല മറദ് ഇന്ത്യാലും ഞങ്ങൾ തീർന്നാലോ ഇന്ത്യ നുംബ്ര വരെ ഞാൻ രക്ഷ ഉണ്ടാവില്ലെന്നോ അല്ലെ ഫസ്റ്റ് വോളിം മുതൽ ആയിരത്തി ഒന്ന് വോളിമേൽ റസ്സീൽ ഇപ്പൊ നിലവിലുണ്ടല്ലീപ്പായ റഫീഡ് മാത്രം ആയിരത്തി ഒന്ന് വോൾയം കിട്ടാവുന്നുണ്ട് ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ നേരെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ് ഇതിന്റെ കസീ തസ്തീദാക്കിയ അദ്ദേഹം അവിടേക്ക് എത്തും വാഹിദിനെ തസ്തിപ്പം കിട്ടുന്നു നമുക്ക് അറിയില്ല കുറെ കാലത്തല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ ഇത് വാഹിതീ നിശാബൂരി ഉണ്ടാക്കിയ ഏതാണെന്ന് ജലാലയനിന്ന പറ പുറന്നു പോയി നമ്മാന്റെ ഇരട്ടിട്ടില്ലല്ല കുഖാനോട് തുല്യമാണോ അല്ല പുറത്താണോന്നുള്ളതിൽ ആ തർക്കമുള്ളത് അതാണ് ജലാലി തസ്തീർ മാത്രം വെച്ചിട്ട് ഒന്നുമില്ലാണ്ട് തൊടൂണോ എന്ന് ചോദിച്ചാൽ ചർച്ച തന്നെയാണത് സമമാണ് അല്ല രണ്ടു ഹർപ്പ് കുറവാണ് പറഞ്ഞതാണ് കുറവാണെങ്കിൽ കുറാൻ കൂടിയില്ലേ വ്യായാലത്തിന്റെ തനപ്പിച്ച ചർച്ച ജലാലയ തസ്തീർ ഒന്നും തുടാൻ പറ്റോ ഇല്ലയോ അപ്പൊ പറ്റൂലെന്ന് മാത്രമേക്ക് കാരണം പറഞ്ഞാൽ സമമായാലും പറ്റില്ല തസ്തീര് കൂടുതലും കുറാൻ കുറഞ്ഞിരിക്കുകയും പണ്ടേ അല്ലെങ്കിൽ സമമായിെന്ന് മാത്രമല്ല രണ്ട് കർപ്പ് കത്തികണ്ട് മിന്ന ജലാലയ തപ്പിന് മിന്നിയാണ് പക്ഷെ ജലാലയം തപ്തിയുടെ തന്നെ ഖുർഹാൻ ഖുർആാനാജ് വേറെ തപ്തി കത്തി വേറണ്ട് അപ്പൊ ഖുർഹാൻ ഓതാകുന്ന ഭാഗത്തിന് കൂട്ടിച്ചേർക്കാതെ കണ്ട മസിന് മാത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പണ്ടേ ജോലി പത്തരകൃഷ്യം അപ്പൊ ഇപ്പോഴത്തെ കാവിയോ ഇങ്ങനെ കത്തിയത് ഖുർആാൻ ഖുറാനായിട്ട് അല്ല ജ് പറയുന്നുൽ ഹബീഫ് പറയാം ഹബീഫിൽ നിന്ന് സഹീഹിൽ എത്ര ഹബീസ് ഉണ്ടോ അങ്ങനെ മുഖാരി മുസ്ലിം അതിലുണ്ട് പക്ഷെ അതിന് സഹിയാദി കൊണ്ടായിരിക്കും വേണം കണ്ടവാദത്തേക്ക് ഓൺ പോകരു ഓടൊക്കെ ആകില്ലല്ലോ അത് ആരോപത്ത് സഹജിയാക്കണം മല റതി ഹബീർ മൂലി ഹബീ ഹബീസിന്റെ മത്തിനും ഇമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രഗത്ഭനായ ഒരാളെ ഹബീറായ ആലിമിന്റെ അടുത്തിൽ വലിയ സഹജിയായിക്കൊണ്ടിട്ട് സഹജിയായി നോക്കിയിട്ട് അപ്പോ അതിന് എന്തൊക്കെയുണ്ടാവും ഈ ഇരുപത്തി ഏഴുവരവ് നേതാക്കന്മാരുടെ പേരിൽ ഉണ്ടാവുമല്ലോ അതൊക്കെ മുൻകഴിഞ്ഞാൽ ചരിത്രം ഉണ്ടാക്കി കഴിഞ്ഞ് പോയി അടുവാണെങ്കിൽ ആവശ്യത്തിന് എടുത്തു നോക്കാൻ വല്ലാണ്ട് നീ ചരിത്രം കണ്ടുപിടിച്ചാണ് ഇന്ന് പോണ്ടാവുന്നത് അതെല്ലാം മുമ്പ് കഴിഞ്ഞു എന്തെല്ലാം വിഷം മുൻകഴിഞ്ഞാൽ പോയി നമ്മൾക്കൊരു കണി കുന്നേ കൊണ്ടു പപ്പടം വരെ പൊച്ചു കൊണ്ടേച്ചു കഴിഞ്ഞു വെച്ചുവരും കുന്നാൻ വായി തുറക്കാനും ഓർ വേണം എന്ന് പറഞ്ഞാൽ സംഘടി ദിവസം തന്നെ വായ് തുറക്കാനും കൈന്ന് കാക്കാനും ചവർക്കാനും ഓർ തന്നെ വേണം എന്ന് പറഞ്ഞാല് ആ ഹരീഫ് വിവാത്ത് ചെയ്ത നേതാക്കന്മാരായ ബിജാരിന്റെ പേരുകൾ നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആള് അയച്ചെടുത്ത കാരണത്താൽ നിനക്ക് ഒരു പണിയില്ല എന്നാൽ വിവാഹത്ത് ചെയ്താൽ എത്ര വാദികളാണ് ആകെ സഹീബ് മുഖാരി മന്ത്രി എല്ലാ ആവർത്തനം കൊടുത്ത വിവാക് നേതാക്കന്മാരുടെ പേരുകൊട്ടു മുഖാരി തന്നെ ആവർത്തിക്കുന്ന ആളെ സ്ഥലത്തൊന്നും വിവാക് ഇതാണായിരിക്കുമല്ലോ അത് മുസ്ലിം ആവർത്തിക്കുകയും നിനക്ക് മുമ്പ് കഴിഞ്ഞപ്പോ ഏതാക്കന്മാറതല്ല ഏറ്റെടുക്കലെല്ലാം സഹിയാക്കി വെച്ചിട്ടുണ്ട് നിനക്ക് അധ്വാനില്ലായ്മ വരക്കാൻ തോമ്പിലാക്കിയും അവരെ കിട്ടാബിന്റെ എസ് മാതാ നിൽക്കുമുണ്ട് എന്നെ കാണാപ്പാടാക്കണ വലയിൽ കയ്യെടുത്ത് ഇപ്പോൾ മുത്തോലി സഹീന സഹീഹിന്റെ മത്തിന് കാണാപ്പാടാക്കണമെന്ന് മുൻകുമ്പോഴൊന്നുമല്ല ൻ തീലിമാവശ്യത്തിന്റെ നേരത്ത് നിനക്ക് ആവശ്യമുള്ള ഹതി തേടിപ്പിടിക്കാവുന്ന രീതിയില അതിനെന്താകണം തഹസീലാജതി നിങ്ങൾ പേര് കണ്ട മറ്റൊക്കെ ഇന്ന് പഠിയ നോക്കി കിട്ടുമല്ല അത്രയേ കൊണ്ട് ഇതാണ് അതിന് മിനിമം അതിനം പറയാല്ലോ അതിന്റെ കൂടെ നീ കൂട്ടുക മാ അതിനെ തൊട്ട് പുറത്തുള്ള വേറെ കിതാബുകളുണ്ട് അതായതെല്ലാം കിതാബുകൾ അതിന്റെ നിലവിലുള്ളത് ഏതാ സിഹാ ഹിറ്റ എന്ന് പറയുന്ന ബാസ് നാല് കിതാബുണ്ടാവും ദർമ്മതി അങ്ങനെ തുടങ്ങി വമ്മലിത്തി അതിന്റെ അപ്പണ കണക്കില്ലാണുണ്ട് അങ്ങനെ ഹദീസിന് ഇനങ്ങളെന്തണ്ട് റഹീഫായ ഹദീസ് ഉണ്ട് കബീജായ ഹദീസ് ഉണ്ട് ഉണ്ട് സഖീമുണ്ട് ഇങ്ങനെ തുടങ്ങി നസില ചെയ്യപ്പെട്ട എന്തെല്ലാം ഹദീത് മാ നാരിപ്പത്തി തുറുക്കൽ കത്തീലക്കെ പിന്നക്കിൽ ഓരോ ഹദീസും നസില ചെയ്യാൻ വേണ്ടി ഏതെല്ലാം തെളിയിക്കൽ കൂടി വന്നിട്ടുണ്ട് ഒരു അദീതിന്റെ പല തെളിവുകൾ കൂടി പല കാവിൽ കൂടിയും പല പേരിൽ കൂടിയും വരാതാണ് എത്തും എന്നിട്ട് മഹാൻ ഇപ്പത്തെ അഹബാദിന്റെ വാസ്മാനും അതിരിവാറ്റി ചെയ്ത അഹബാലുകൾ ഓരോ പേരെ ഓരോ ജനിച്ചതും ചരിത്രങ്ങൾ ഓടിക്കാൻ കഴിഞ്ഞാൽ ഒറ്റ പേര് ആരും വെറും കാതിൽക്കുക കാവിയാദിന്റെ ചരിത്രം മാത്രം ഏഴ് ബോൾഡിംഗ് കിട്ടുന്നു അസഹാരുന്നു എനിക്ക് പേര് അപ്പൊ ഏഴ് വോൾഡിംഗ് കിട്ടാതെ കാമിയാദിനെ മാറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ പേര് നോക്കുമ്പോൾ പത്ത് പോളിംഗ് ഉറപ്പിക്കില്ല കവിത് ഒരു ചർച്ചയാറ്റു അതിൽ ഇപ്പൊ എത്ര ഉണ്ടാവും അപ്പൊ ഹദീസ് അവ തഫ്സീറും ഹദീസും കഴിഞ്ഞു തീർക്കും അത് ലെറ്റിത്താറേതാ നമ്മൾ അതിപ്പൊ മത്സിക്കണം നമ്മൾ ഞാനിങ്ങനെ അല്ലെ കൊണ്ട മുട്ടിക്കാന്നേ ഉള്ളൂ അലാമായ ഹബീ മുഖ്തസർ മൊദനി അവരുടെ കിതാബുണ്ട് وهو الذي رتبناه في خراصۃ المختصر نعمل الترتيبا كده المختصر مجننا ذا خراصۃ المختصر روته مؤبر هنا ال ترتيبات كده استصحاب اذا ما يبلغ صلاحته صالح عندنا موترتي වරනണ്ട് وهو القدر الذي اوردناه بالبطيء من المذهب المذهب اللي عندنا وصيت عندنا الكتابه هو قرنتا كده دعائي ما هو كده استصحاب ما اوردناه بالبطيء الاستصحاب وان ഇല്ല മാ വറാ കാലിക്കൽ മുത്തവലാ അതിന്റെ അപ്പുറം പിന്നെ മുത്തവലാ കിതാബ് എത്രപ്പാടുണ്ട് നൂറ്റാട്ടത്തി കിതാബിടെ പേറ്റിയ പേര് മുത്തൽ മസീദൊക്കെ പറയുന്നത് ഇനി അമ്മൽ കലാമു ഇനിസൂദു ഹിമാറ്റാദിനെ സൂക്ഷിക്കലാണല്ലോ അതിന് മക്സൂദ് എങ്ങനത്തെ ഏറ്റുക്കാദ് അല്ലെ തലപ്പുത്താലയങ്ങളിൽ നിന്നുള്ള അഹൃസത്തിന് നെക്കു ചെയ്ത മാറ്റക്കഥാക്ക് ലാ കൈറു അന്റെ അപ്പറ ഉള്ള അക്കീലൊന്നും മറന്നും മറ്റവർ ഇങ്ങനെ വിശ്വസിച്ച് പോലും ഓർ ഇങ്ങനെ വിശ്വസിച്ച് പോലും മറ്റവർ അങ്ങനെയാക്കി പോലും ഇങ്ങനെ ഓരോ വിശ്വാസം ഇല്ല നമുക്ക് വേണ്ടത് ഇതാന്നൊട്ട് വിശ്വസിച്ചോളാം ലാ കൈറൂർ വമാവറാതായി തെളിയ കത്തി അതിന്റെ അപ്പുറമുള്ളതുണ്ടല്ലോ ഹക്കായിക്കൽ നൊമ്മൂറിന്റെ കശ്മീരിയൻസ് എവിടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിന്റെ മാർഗത്തിൽ പോകുകയാവില്ല എന്നാ മതിസൂദ് ഹെഗു സുന്നതി ടഹസീൽ മുക്തസർ അതുകൊണ്ട് അതിനെന്ത് വേണം ഹെഗുൽ ഹെഗു അക്കീലുണ്ടെസീൽ എത്തിസാറ് മിന്ഹും മേറ്റകഥി മുക്തസർ മുക്തസറായ ഒരു അക്കീല കിത്താബ് കൊണ്ടുണ്ടാക്കണം ആ എക്സിന്റെ മർദ്ദം ഇതിന്റെ അഹക്കീലാക്കലാണ് ഇവിടെ ആവശ്യം അതേതാ അത് മൂക്കർ പറഞ്ഞ കിതാബ് അഹ് അത് കദുള്ള ഒരു അഹ് ഈ കിതാബ് കവായുള്ള ഖാഡ് ഉള്ള കിതബ് ഞാൻ വണ്ട പോലെ വന്നിട്ടുണ്ട് അത് കടയിൽ നിന്നാളൊരു കിതാബിണ്ട് ആ കവാദുള്ള പ്രത്യേകിച്ച് അവർ കോവരുണ്ട് വെറുതന്നെ കിതാബായിട്ട് അടിച്ചിട്ടുണ്ട് നമ്മൾ മറ്റേ ഒന്നും പോലെ കവായുള്ള കായി അത് വെറുത്തന്നെ അടിച്ച പക്ഷെ ചരഹം ഓ ലെത്തിക്കാതെ അത് ചുരിഞ്ഞതാകുന്നത് ഓ ലെത്തി അത് പിന്നിയോ മായബലോ കഥ നികത്തി വറക്ക പിൻ ഏതാണ്ട് നൂറ് പേജിൽ നൂറ് കടലാക്കുണ്ടല്ലോ ഏർക്കത്തക്ക രീതിയിൽ വവല്ലാതെ അവർ അതിനകത്ത് ഈ കിട്ടാ എത്തിച്ചാത് പിന്നെ ഏറ്റെ കാറുണ്ട് വേറൊരു കിട്ടാണ്ട് അതിന് ഈരുള്ളതല്ല വേറൊരു കിട്ടാബാണ് അത് ലെത്തിസാത് പിന്നെ ഏറ്റിക്കാറും അത് ഏകദേശം നമ്മൾ നസൂക്കി വലത്തല്ല നസൂക്കി നൂറ് പേജിനാ ഏതാണ്ട് ഉണ്ടാവുമല്ല ി മുനാറത്തിനിയോ യുക്തിസാദി എന്തുവാണെന്ന് അറിയോ ഒരു മുഹത്തതിയായ ഒരാള് അവനോട് മുനാദറ നടത്താനും ഇതുപോലെ അവന്റെ വിദേഹത്തിനെ ഇതാക്കണം ഒന്ന് എതിർക്കണം അതിനെ അതിനെ തല്ലിയെടുക്കാനാവശ്യമായതും ആമിന്റെ കമ്പനിയിൽ നിന്ന് അതിനെ ദൂരീകരിക്കാനും ആവശ്യമായതും അത് അതിലേക്കും ആവശ്യമായിട്ട് വരും പക്ഷെ മത അടിക്കൽ ആ എംഭയില്ല മാൽവാമിനോട് മാത്രമല്ലാതെ കണ്ട് ഉപകാരത്തിനെടുത്തില്ല എപ്പോ കമലിസിലാ ജലിയും ഓർക്ക് ഗ്രൂപ്പ് വയക്കി വരാത്ത കാലത്തോളം വർക്കുന്നതിന് മുമ്പും ഗ്രൂപ്പ് വയക്കിറച്ച് വരാൻ നിങ്ങൾ എല്ലാ മത്സ്യം കുതിരപ്പടെ തേച്ചുണ്ടാക്കിയാലും ഓറ് മാറി കിട്ടൂലെന്ന് പറഞ്ഞാൽ പണിക്ക് നിത്യേ വേണ്ടാന്ന് ആദ്യ ഓർത്തിട്ട് പാർട്ടി ആക്കി ഓരോ ഗ്രൂപ്പ് വാറാൻ വേറെ വറു നിൽക്കുന്നതിന്റെ ഒന്ന് ഉറച്ചി അതിനെ ആദ്യം മറുപടിയോ മറുപടിക്കോ മറുപടിയോ നട്ടിട്ട് ഒരു ഫലം ഉണ്ടാവില്ല ആരും സ്ഥിതി പറയാൻ തയ്യാറുണ്ടാവില്ല എന്നാ കമലശാതെ ടാക്സ് പെയ്യും ടാക്സ് ശക്തി കൊടുത്തതിന്റെ മുമ്പായെങ്കിലെല്ലാം തന്നെ പറഞ്ഞ് ചെയ്യൂചാരണ ിസീറൻ മറ്റുള്ളവരോട് തർക്കിക്കാനും വാദപ്രതിവാദം നടത്താനും കുറച്ചർജിനു ശേഷാണോ കലാം അവനോട് സംസാരിക്കൽ ഉപകാര തീരെ വാദപ്രതിവാദം നടത്തി ഏതെങ്കിലും മോനെ തിരഞ്ഞെ നോക്കിയെ അല്പം വാചാലത പഠിച്ചു വായിക്കുന്നോ അതാ പൈലക്കെ നീ ഇന്ന അസഹന്ത ഞനെന്താക്കി പാർതി തോപ്പിച്ചോനെ കരിക്കട്ടിയാക്കി വർക്കാം എന്തായാലും അസഹംബു ഓൻ മത കൂടാൻ തയ്യാറുണ്ടാവില്ല അസഹമാനെ ചരിക്കട്ടിയാക്കലല്ല പാറെന്താക്കി മുഖം തർപ്പിച്ചറിഞ്ഞു വിശ തോപ്പിക്കുന്നു എന്നാലും അതൂരാണ് ഇന്ന പാർട്ടിക്കാർ വിശ്വസിക്കുന്ന ഓരോ വിനേത്രമൊക്കെ ഏത് പാർട്ടിക്കാർ ആ പാർട്ടിക്കാരെന്നല്ല ഓരോ വിശ്വാസം വന്ന ആരും മാറില്ല ഏത് ഗ്രൂപ്പ് അടുത്ത് വെക്കിയിട്ടുണ്ട് ഓർമ്മ പറഞ്ഞിട്ടേക്കാണ്ട് ഞാൻ തോന്നിക്ക് ഒരു അബദ്ധം പറഞ്ഞാൽ അബദ്ധം തന്നെ അവർത്തിക്കുള്ളൂ അപ്പൊ എന്നെ കയ്യിൻ്റെ അപ്രശംസവും ഒരു മുഖത്തതിനേനെ നീ എന്താക്കി ഓക്കെ സംസാരിക്കാൻ പഠിച്ചു പോയെങ്കിൽ നീ വാൻ മുട്ടു വെക്കാ എന്നാലെല്ലാം ചെച്ചിടത്ത് മൃതശമം അവന്റെ മതഹമ്പ നിൽക്കൂല ഏറി പറഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞാൽ എന്നെ ഏതാക്കും മാർഗങ്ങളിൽ പറയാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അവർ സമാധാനിച്ചിരിക്കുമ്പോൾ ഞാൻ തൽക്കാലിക്കൊന്നും പറയുന്നില്ലെങ്കിലും ഇതിന്റെ പിന്നീട് വേറെ മറുപടിയിലുണ്ട് എന്ന് പറഞ്ഞല്ലേ പറയുന്നു അതാ നബി അലാനിഹി അതിന്റെ സ്വന്തം നഫ്സിന്റെ മേൽ കൊസൂർ കൊണ്ട് ചുമത്തി അന്ന കദി ജവാബമ്മ നമ്മടെ ബേറാളകുമ്പോൾ ഇത് പറയാൻ പറ്റിയ മറുപടിയിൽ ഉണ്ട് അറുപതിപ്പം തൽക്കാലം കഴിഞ്ഞില്ല അമ്മയുള്ളൂ എന്നാണ് സമാധാനിച്ചിരിക്കും എന്നാലും ഓം മാറ്റാണ്ട് കേറാ പിന്നെ നേരങ്ങളിന്ന് മുജാതല നിങ്ങളെന്താ ചെയ്തത് കൂവത്തിൽ മുജാതല കൊണ്ട് അവന്റെ തൽക്കാൻ കൽബീസ് ഉണ്ടാക്കിയ ഓം പറയൂ നിങ്ങളെ വാചാന്ത എടുപ്പം കൊണ്ട് അന്റെ തൽക്കാലം ഒന്നിങ്ങനെ പറഞ്ഞിട്ട് കിട്ടിയതല്ലാണ്ട് നമ്മൾ മനസ്സിലാം ഒരു ആമി ഉണ്ട് ഇതാ സുരി എന്തെങ്കിലും ജതിൽ കുടുങ്ങിയിട്ട് എന്താക്കി ഹാക്കിനസ് തൊട്ട് ഓല തെറ്റിക്കപ്പെട്ടു എന്ന് വെക്കാം എന്നാൽ അതിനകത്താണ് പരിചയം മറന്നുകൊടുത്തോളെന്താ തിരിച്ചുകൊണ്ടിരുന്നത് അതാ യു റദ്ദിംഗ് ഇസിലി അതുപോലത്തെ ജദലക്കാൻ ഉപയോഗപ്പെടുത്തിയാലും ആ തിരിച്ചു പിടിച്ചോണ്ടരാം എപ്പോ കബലാണ് അഹുവ ഈ അഹുവ എന്നുള്ള ഈ പാട്ടിക്കൂറുണ്ടല്ല അത് ശക്തിയാണ് ശക്തിയായി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്കാർ ഓലെ നേതാക്കന്മാർ ഇപ്പം രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ രാത്രി തന്നെയായിരിക്കും നമ്മൊന്ന് അറിയിച്ചാൽ നിരാത്രി തന്നെയാണ് മെച്ച പ്രശ്നം തോന്നി വൈദഗ്ദും അവർ ശക്തിയായെങ്കിൽ അക്കാര്യം എഴുത്തും ഇന്നും വിരാശ പൂർണ്ണമായി സംഭവിച്ചിരിക്കുന്നു അങ്ങനെ ഏതാക്കുന്ന ജീവിതാധന്യം പറഞ്ഞു അവിടെ അല്ല ഇപ്പോഴത്തെ ജാത്തിനം നമുക്ക് നേരിട്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നു അതാണ് ശരിയെന്ന് അച്ച ഉറപ്പിന് ഉടങ്ങി നിന്നില്ല നിങ്ങളെ അവസാനപ്പൊ ഞമ്മ ഞമ്മം പണ്ടേ ഇസല ഗുഹാന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ പണ്ടോ അച്ല ഗുഹ നിങ്ങളെ അവസാനത്തിലുണ്ട് പകരം കാലുകാന്തിലുണ്ട് ഭർക്കത്തിനുണ്ട് കാലുപാന്തുന്നുണ്ട് ോണ്ടല്ലോ ഞാൻ പുള്ളേറ്റലുണ്ട് ഓർമ്മ വന്ന പോലെ അതിന് മാറി കിടന്നാ ഇല്ലാതെ പുള്ള മിന്നായന്നായത്തി നാടന്മാർ വെച്ചാല് അരുവിടെ റബ്ബനാസിനം അപ്പൊ ടാക്സം കൂടിയാൽ നിരാശപൂർണ്ണം ഇത് ടാക്സും സബവും ഈ ഒരു സുഹൃത്തായിരത്തി എന്ത് തരത്തിലുള്ള കായികകളിൽ ലെഫ്റ്റുകളിൽ ഊട്ടിയുറപ്പിക്കാനുള്ളൊരു സഭമാണേ ടാക്സ് ബു എന്ന ഭാവന എന്താ വിശ്വസിച്ചത് എന്ത് ഹക്കോപാത്തിനും നോക്കണ്ട ഒമ്പത് വന്ന എന്ന് പറഞ്ഞാൽ ടാക്സിബ് വന്നാൽ പന്ത്രണ്ട് അഞ്ഞായിരുന്നു പിന്നീട് പത്താക്ക് എന്തര വ്യക്തിയും കഴിയില്ല അത് നോക്കുക എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ുന്നു താസബൻ അവര് ഹറ്റിന്റെ വേണ്ടിയില്ല താഴ്സബിന്റെ വേണ്ടി കൊറേ മുബാരകു നമ്മടെ പാർട്ടിക്ക് കൂറുകാര് ഭയങ്കര അള പിടിക്കാൻ നിൽക്കും ഓരോ കാലത്തേ ഉണ്ട് ഇത് നമ്മുടെ പാർട്ടിക്ക് ചേർന്നിട്ടില്ലെങ്കിൽ തോച്ചു കൊന്നും പറഞ്ഞിട്ട് വയങ്ങറൂരേരൽ മുഖാലിഫീൻ എന്നിട്ടോറ് പറഞ്ഞതിനെതിരാകുന്ന കൂട്ടറുണ്ടോ അഭിപ്രായം മാനിക്കത്താണ് അഭി ലിസ്റ്റിലാകും ലിസ്റ്റിന് കാർ അങ്ങേ നിസ്സാരത്തിന്റെയും താണ കണ്ണോണ്ടേ നോക്കുകയുള്ളൂ ഓറെ മുസ്ലിം ആയിട്ട് അംഗീകരിക്കാൻ പോവാൻ തയ്യാറുണ്ടാവില്ല ഇന്നടത്തൊരാള് മെച്ചപ്പോ പോണോ പോണ്ടെന്ന് യോഗം ചേർന്നുണ്ട് പാർട്ടി യോഗം മുന്നേക്കം അവസാന ആരൊക്കത്ത് നാട്ടിലാകുമ്പോ പോകാനൊരാളും അറിയൂലെന്ന് ചർച്ചക്ക് എത്തി അവസാനം പറഞ്ഞോളൂ ഒരു കേറുള്ള ഒരു കീല് വാക്കിയിട്ട് കേടിയോ നോക്കിയിരിക്കുന്നത് വയറിനെ എന്തല്ലോ ഉയരണക്ക് വേണ്ടി വന്നു വരക്കണ്ടോ തലമഞ്ഞോ അമ്പത്തഞ്ചോ ബാറാ എന്തെല്ലോ വേറെന്തെല്ലോ മൈസിനായി യാതൊരു ബന്ധവുമില്ലാത്ത അങ്ങനെ വാക്കിട്ട് ജീനി അതുകൊണ്ടുതന്നെ പിന്നെ ാട്ടിൽപ്പെട്ട ഒരാള് അത് ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല കുറച്ച് അടുത്തുള്ള ആളാകുമ്പോഴൊക്കെ പോയിട്ടില്ലെങ്കിൽ ആള് പറയോ ആളപ്പുറത്തെ വേറെ തെറിയില്ലാതെന്ന് പേര് ചോദിക്കാൻ എന്റെ അച്ഛനും യോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ബുളകൊണ്ടൊപ്പിക്കാം ഒരു പാല് കേറ്റാൻ കഴുകാം എന്നിട്ട് വേറെന്തെങ്കിലും ധാര ഏടെത്തിപ്പോയി ജനങ്ങൾ ഏടെത്തിപ്പോയി പഴക്കന്മാർ പല ദ്വാരക്കമ എന്താ ദ്വാരക്കെന്നുള്ള കേട്ടതാക്കുകയും ചെയ്യില്ലേ അങ്ങനെ എന്താകും എന്നറിയോ അവരിൽ നിന്ന് പല ദാബകള് എന്തിനാ മുക്കാപ്പ് വാണിക്ക് പകരം കൂട്ടാൽ അപ്പുറം യോഗം പൊക്കുമ്പോൾ ഇള്ളത്തേക്ക് നോക്കുമ്പോൾ മുഖാവലി യോഗം പൊക്കണം അവരെ കൈകാര്യം ചെയ്യണം അതിന് വേണ്ടിയിട്ടല്ലേ തിരുവോണ െ പിന്തുണക്കാനുള്ള മേലിൽ അവരുടെ പ്രേരണ അതാണ് പൂർത്തിയായിട്ട് വരികയാണ് നമ്മുടെ ഹക്കും ബാത്തിൽ നോക്കിയിട്ട് എല്ലാം നന്ദി ഉണ്ടാകും അവർ അവർ എന്തിനെ കൊള്ളയാണോ ചേർക്കപ്പെട്ടത് അത് മുറുക പിടിക്കാനുള്ള വറന്നിലാക്കാണ് അവരെ കത്തി കൂടാറ് ഇസ്ലാം മുറപ്പിടിക്കാനുള്ളത് നമ്പ എന്താ പറഞ്ഞ് കഴിഞ്ഞുപയത് അത് മുറുക ആവശ്യമായ കാര്യങ്ങളെ ഓരോക്കന്നുണ്ടായിരിക്കും അവരെങ്ങാനും ഒരു ഭാഗത്തിൽ കൂടി അവർ റഹമത്തിന്റെയും ഭാഗത്തിൽ കൂടി ഹൽവത്തിൽ ഒരു ഉപദേശിക്കാനാണ് അവർ കയറി വന്നതെങ്കിൽ എത്രയോ ആളെ നന്നാക്കിയിട്ട് നേരക്കാമല്ലേ പക്ഷെ അവർ ചെയ്യാറുണ്ടാവില്ല തഹസുബിന്റെ ഭാഗം ഭാഗത്തിൽ കൂടി തഹസിന്റെ ഭാഗത്തിൽ കൂടിയേ വരൂ ചെട്ടുമ്പോൾ തന്നെ വിമർശനവും മാപ്പറാക്കലും പുറത്താക്കലും നമ്മൾ തുടങ്ങിയില്ലേ സ്വകാര്യം വിളിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ശരി സ്വീകരിച്ചതില്ലെങ്കിൽ ലാൻഡ് ജഹു ഹീ അതിൽ അൽപ്പം വിജയം കാണാമായിരുന്നു പക്ഷേ വലാക്കിൽ അമ്മു ലായക്കോ ഈ വലായത്തമീനും ഇച്ചിരത്തായ തമ്മീൽ എളുപ്പത്തോ നമുക്ക് ജാഹാണ് ഇവിടെ വേണ്ടത് അതിൽ സ്വകാര്യം വിളിച്ച് സംസാരിച്ച ജാഹു ഒക്കില്ല അതിന് പൊതു സ്റ്റേജ് വെക്കണം പൊതു സ്റ്റേജ് വെച്ചിട്ട് നമ്മൾ അതിന് പറയുന്ന ആളാണ് അതിന് പട്ടാളക്കാളും കിഞ്ഞിട്ട് തൊക്കെ പണിയിലേക്ക് നിൽക്കണം കുറേ ആളെ കിട്ടണം അസുംബാനങ്ങളെ ചാക്കണമെങ്കിൽ ചരസുമ പോലെ ലയനി മുതലായവ ഏ മറ്റൊന്ന ബുദ്ധിമുട്ടൂലല്ല എന്നാൽ അന്നേരല്ല ഇരച്ചി ചേർത്ത് കളക്ക് കഴിഞ്ഞു അതിന് ഉപ്പം കൊള്ളി ശരി ജോയിന്റ് അങ്ങെല്ലാം പറഞ്ഞു അതിന് സൂട്ടായ്മ പറയണമെങ്കിൽ എന്തോണോ അപ്പോ ഷത്രുമേ ലാന് ഏ ഇത് മുതലാറില്ല എന്നാലും അടക്കിട്ടില്ല ആ ഗ്രഹം ആണെങ്കിൽ ഇത്രയും ബസ് പറിക്കണോ ഏർ ഇപ്പൊ തന്നെ കുറിച്ച് അടങ്ങും പരിപാടി വെച്ചാണെങ്കിൽ വരില്ല അതുകൊണ്ട് ഇത്ര പതി ബാധക്കഹും ബാലക്കഹും ഓറെ പതിവ് വേറെ ഉപകരണമുണ്ട് ഈ ടാസ്റ്റബ് നല്ലതാക്കി മാറ്റിയപ്പോ ഒത്തം അതിൽ പേരെന്താണ് തമ്പൻ അറിയില്ല മണ്ണിൽ സേവനം വീനിന്റെ വള്ളിൽ നാപ്പുകൾ തടുക്കൽ വഴിപാടം നരയിൽ മുസ്ലിം ലീൻ മുസ്ലിം ലീഗുകളെ തർട്ട് തത്വങ്ങൾ തെടുക്കൽ അതിനാണ് പരിപാടി തീർച്ചയാണ് പറ്റി ഈ ഹലത്ത ഹൈക്ക് ഹലാക്കൽ കൽ പടപ്പുകൾ ഹലാറ്റ് മുഴുവനുമാണ് അതിലുള്ള സഹേക്ക് പ്രകാരം റസൂസും വിദ്യാർത്ഥിക്കില്ല വിദ്യാർത്ഥി പൂർവ്വം ശക്തി പ്രാപിച്ച് ഊട്ടി അർപ്പിക്കാൻ മോനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയൂ നിങ്ങൾക്കറിയില്ലേ പറയുന്നു മോനെ ഞാൻ ഇത്രത്തുള്ള പ്രാക്ടീസാക്കിയ ആളാണെന്ന് ഇല്ലാന്ന് ഞാൻ ചെയ്യാത്ത ആളൊന്നെല്ലാം പറയുമെന്ന് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നടക്കുന്നേ അങ്ങനത്തെ എത്ര പ്രസംഗങ്ങൾ എത്ര പീടുകൾ എത്ര കാസറ്റുകളാണോ തോന്നാതി വെക്കപ്പെട്ടെ മുജാദലാത്തും ില്ല പരിസരത്തും ഒരു ചുറ്റി നടക്കുന്നിൽ കാത്തിൽ മനുഷ്യനപ്പം തന്നെ കൊന്നുക ആ വിഷത്തിനെ തൊട്ട് നീ എത്ര മാറി നിൽക്കും അത് വരെ അതാണ് മാറാത്ത രോഗം മരുന്നില്ലാത്ത രോഗമുണ്ടല്ല ജീവിതത്തിൽ വിധേയമാവാത്ത രോഗമാണ് അതാവുള്ളതാൽ അതാണ് ഇന്ന് എന്ന് പറയപ്പെടുന്ന ആളുകളെ മുഴുവനും ഞാൻ ഞാൻ മേലോട്ട് മറ്റോ തോറ്റിയോ നേട്ടം മുനാഫത്ത ഓവർടേക്കിംഗ് മത്സരോട്ടംന്ന് അറിയില്ല ബസ് മത്സര ഓട്ടത്തിനാണ് മറ്റോന്റെ ബാക്കിലാണെങ്കിൽ ഞാൻ മുന്നേറേ ആ അതിലേക്ക് മുബാഹാത്തു എനിക്ക് ഇത്ര ഇത്തരം ആളുകൾ ലക്ഷം ലക്ഷം പിന്നാലെ ിച്ചോളൂത്തും മുനാഫത്തിലേക്കും ഇതിന്റെ തപ്തിൽ ഇനി അന്ന അടുത്ത് ഇനിയും പറയുമ്പോൾ ഇവിടെ ഒന്നും തീർന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് വഹാദൽ കലാമു ഞാനിപ്പന്റെ കലാമുണ്ടല്ലോ റൂബമായ സമഹം കായലിഹി കയുക്കാലു കായില്ല പെക്കന്ന് കേൾക്കുമ്പോ ഈ കലാമുണ്ടല്ലോ ഈ പറഞ്ഞ പെക്കന്ന് കേൾക്കൂ കേക്കുമ്പോ കാലം അവരോട് പറയും അന്ന് സ്വാരതാവുമാറ്റി രൂ എന്ന് പറയാറുണ്ട് വിവരയില്ലാത്തതിന്റെ ശത്രുവാദ ജനങ്ങൾ അതുകൊണ്ട് നിങ്ങക്കൊന്നും തിരിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നല്ലേ പലതളിലെ ഇതായി അതായിരിക്കും അതിനെ പറ്റി നിങ്ങൾ എന്റെ പറ്റൂല എന്നാ പറഞ്ഞത് പലത്താവി നല്ലോണം തിരിഞ്ഞാളന്ന് നിന്റെ മുമ്പിലുള്ളത് ഞാനും അല്ലെങ്കിൽ ആറിയുന്നു അന്ന സേതാമാകളെ പറ്റി പറഞ്ഞു എന്റെ പറ്റി പറയാൻ പറ്റില്ല വഴി സക്കാണ് നല്ലവണ്ണ തിരിഞ്ഞാൽ നീ വന്നു പൊട്ടിട്ടുള്ളത് പോലെയാണ് അതെന്റെ പാർട്ടി പിന്നെ അറിയാൻ പറഞ്ഞു വയളേരി തക്കത്താണ് എനിക്കതുകൊണ്ടറിയാം അതുകൊണ്ട് പൊക്കം പറഞ്ഞു സാധിക്കില്ല ഈ ഉപദേശം നീ സ്വീകരിച്ചോ ആരവക്കം മിമ്മൻ ഒരാളെ വെക്കൽ പറഞ്ഞാൽ ലയ്യാൻ നമ്മള പി രമാണൻ ഈ വിഷയത്തിൽ കുറെ കാലം വെറുതെ കളഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെ പണിയെടുത്തിട്ട് പാർട്ടിക്കാരുടെ കൂടെ കൂടിയിട്ട് കുറെ കാലം വെറുതെ പോയിട്ടുണ്ട് മനെ അതിന്റെ തോന്നിപ്പോന്നും ചോദിച്ചിട്ടില്ല എന്നാണ് അപ്പൊ മുസ്ലിം ലീഗ് ചോദിക്കുന്നവർക്ക് രണ്ടാം മുസ്ലിം ഉണ്ടല്ലേ ആയിരക്കറിയുന്നത് കാലം പറയും വെറുതെ തീർന്നു വെച്ചിട്ടുണ്ട് മുങ്കനേക്കാൾ കൂടുതലാക്കിയിട്ടുണ്ട് തസ്ലീഫും ഇതൊക്കെ ഞാൻ നടത്തിയാളു തഹസേഖും ഉണ്ടാക്കിയിട്ടുണ്ട് തസ്ലീഫും ഉണ്ടാക്കിയിട്ടുണ്ട് ജഗലും നടത്തിയിട്ടുണ്ട് ബയാനും നടത്തിയിട്ടുണ്ട് അതിനോട് കുറെ കാലം ചെലവഴിച്ചിട്ടുണ്ട് പിന്നെ തിരിഞ്ഞ് പിന്നെ അള്ളാഹു പോന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എപ്പോ അള്ളാഹു മല റസ് പറഞ്ഞത് ഓരോ പതിരും കൂടെ ഉണ്ടെ മാറ്റി കുടിച്ചോ അല്ലെങ്കിൽ എന്നെ വിമർശിച്ചപ്പോ എപ്പോലി അവനവന്റെ ഐബിനെ കുറിച്ച് എന്താ പോൽ മറ്റെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് വഷ്ട്രകളെ വിരക്സി അവനവരെ പണി നോക്കി നടക്കുന്ന പോകുന്നു പിന്ന ولا يضرنك قول من يقول الفطوى إمام الشرعي ولا يعرف إلا له إلا بعلم الخلاف എന്നു പറയുന്നു ഫത്വാ എന്ന് പറഞ്ഞാൽ എന്താണ് ശറഇന്റെ തൂണാ അല്ലേ അപ്പോൾ ആ ഫത്വാ വിളെടുന ഇൽത്തുകളൊക്കെ അറിയണമെങ്കിൽ ഇൽമുൽ ഖിലാഫില്ലാതെ നടക്കുമോ എന്ന് പറയും ചരി അതുകൊണ്ട് നീ ചരിപ്പെട്ടി കൊണ്ട ഫൈന ഇദൽ മസ്ഹബ് മذكورतुम ഫിൽ മസ്ഹബ് മദബബിന്റെ ഇല്ലത്തുകി പ്രതിച്ചിട്ടുണ്ട് അതിനേക്കാണ് കൂടുതൽ കണ്ടുപിടിക്കുന്നത് ഒരു കാര്യത്തിന് എന്താണ് പറയേണ്ടത് അതിന്റെ കാര്യം മുൻകഴിഞ്ഞ ഗിതാവിൽ ഒക്കെ ഉണ്ട് അതിനപ്പുറം കൂടുതൽ പറഞ്ഞാൽ പറഞ്ഞുണ്ടാക്കുകയല്ല ജയിക്കുകയില്ല എന്തെങ്കിലും വളച്ചുപിടിച്ചിട്ടുണ്ടാക്കി അവലങ്ങളും സഹാബത്തും ആരും ആ മുജാദലാത്തിനെ കുറിച്ചിട്ട് ഒരു അവതരിട്ട് പോലുമില്ല വക്കാരു മറ്റെല്ലാറിനാക്കണം കൂടുതൽ അറിയുന്ന ആലമുല്ലാത്ത ഈ സിയാദാത്തും ഈ മുജാദിലാത്തുണ്ടല്ലോ അത് ഖൈറു മൊഫീദത്താണ് ഈ മദഹബിന്റെ ഇൽമിൽ അത് വെച്ച് ഫായ്തില്ലെന്ന് മാത്രമല്ല വാർത്തയിൽ സിഖിന്റെ ആ ദൗക്കത അതിനെ തന്നെ കെടുത്തിക്കളയുന്ന ഒരു സാധനമാണ് ഇതാ സിഖ്ഹ് ഇങ്ങനെ പറയല കേന്ദ്രൻ എന്താക്കും ഇവരെന്തോ ഉള്ളോണ്ട് തോട്ടയടക്കം തോന്നും അന്നേരം അസുഖം മസാലക്കൻ്റെ തള്ളാൻ കളിക്കാനാണ് മനസ്സിലാക്കി തീരുവല്ലോ ഇതെന്തോ കള്ളത്താൻ പറഞ്ഞിരുന്നു എല്ലാവരും പോയത്തെ കാല കേൾക്കുന്ന ആൾ വെച്ചു എന്തുകൊണ്ട് സിഖുഹിന്റെ ദൗക്കിനെ തന്നെ ഫസാദാക്കും എന്ന് കാരണം ഒരു പൊത്ത കൊടുക്കുന്ന ആക്കോ ഒരു മക്സലന്റെ ദൗക്ക് കിട്ടിക്കഴിഞ്ഞു ആ ദൗക്ക അനുസരിച്ച് നടക്കുമ്പോ ജദലിന്റെ ലരികൾ കൂടി കൊണ്ടുപോകുന്നില്ല അതേണ്ടാക്കണം ആത്മവഞ്ചന ഇല്ലാതെ കൊണ്ടുപോകുന്നില്ല ഒരു സംഗതി ഇന്നതാണെങ്കിൽ നമുക്ക് തിരിഞ്ഞല്ലോ ആ തിരിഞ്ഞതിനെ വളച്ചിടിക്കണമെങ്കിൽ എന്തുകൊണ്ട് ജതൽനൊപ്പിക്കണമെങ്കിൽ അതുകൊണ്ടാണ് പുറത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേ കള്ളന്ന് ഞാനതുപോലെ കാണാതിരിക്കുന്ന ദർക്കാണ് നമ്മളിത് മനസ്സിലാക്കിയൊരു നോക്കുണ്ടാകുമല്ലോ കൊല്ലങ്ങൾ ജലവാസിയാകിരുന്നു അതാണെന്ന് പറയുമ്പോൾ ഇവിടെ ജതൽനൊക്കൂല ഇന്നലെ പറയാൻ നേതാക്കന്മാർ പറഞ്ഞതും ഓരോ ചിന്താധാരക്കും കീഴ്തിങ്ങിക്കൊണ്ട് പറയണം എന്നായിക്കോട്ടെ കാര്യം ചെയ്യാം രണ്ടുമായിക്കൊള്ളാ സിലോട്ടിന്ന് ഇന്നേരം അങ്ങനെ കാണാപ്പടാം എന്നിട്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷം പറയുന്നില്ലേ അതുപോലെ പറഞ്ഞാൽ നോക്കാം നമ്മളെ തമുഖം മാറ്റിയിട്ട് വേണ്ട അപ്പറോക്കീ അത് മനസ്സാക്കി വഞ്ചിച്ചുകൊണ്ട് ഉണ്ടാക്കാനായി ജനലൊപ്പിക്കാനും അതാ പറയുന്നത് ഫൈനലിനി ഹദസുൽ മുഫ്തി ഈ പൊത്തുവാ കൊടുക്കുന്ന ആള് പത്ത് വന്ന് പറഞ്ഞാൽ മാത്രല്ല അതിനെപ്പറ്റി വിധി പറയുന്ന ഏതോ പണ്ഡിതനായിക്കോട്ടെ അവരുടെ ഹതസ് എന്ന് പറഞ്ഞ കുറെ കാലത്തെ പ്രാക്ടീസ് ആ വിഷയത്തിലുള്ള നൈപുണ്യം എന്തായി അയാൾക്ക് താറ്റി നിന്നു ഇതാ സഹദൌ ആ വിഷയത്തിന് അയാളെ ദൗക്കു സഹിയായി വന്നു കഴിഞ്ഞാൽ അതിനാ ഉയർത്തിക്കൊണ്ടപ്പോൾ കഴിയൂല അത് ആ സുറൂഹത്തിൽ മറ്റുള്ള ആളെ പറയുന്ന ജദലി റത്തൊപ്പിച്ചിട്ട് ഞാൻ അവതരിപ്പിക്കാനില്ല അന്നേരം ഞാൻ പഠിച്ചിട്ട് മറക്കുക എന്നിട്ട് ഓർ പറഞ്ഞത് ഞാൻ അവർ പാർട്ടി കൂടുതൽ വന്നിട്ടുണ്ട് ജദലിന്റെ നിയമാവലിയോട് ഒരുത്തന്റെ സഭ എണിങ്ങിച്ചേർന്നു എന്നാലോ അധിനുഹോടി മുക്കളു യാത്തിൽ ജതൽ ആ ജതലിന്റെ മക്കളൊക്കെ ഒപ്പിച്ചിട്ട് ഓന്റെ മനസ്സിൽ കിഴുതുങ്ങി പോവാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ പാർട്ടി നിർത്താവൂ ഓ ഇമ്മാനെ കുട്ടിക്ക് ഉണ്ടാകുന്ന ബന്ധം ഞമ്മളുടെ കത്തിക്കൂട്ടിന്റെ മുന്നിൽ നിന്നില്ല ഓ ജപനാണി ലിതനാണി ദൗക്കിൽ ദൗക്കിന്റെ വേണ്ടി കിഴതുങ്ങാൻ ഇവൻ ധൈര്യപ്പെടൂല്ല അവർ ഓൻ ബിരുദ്ധം കാട്ടു അപ്പൊ ഇതിനൊപ്പിച്ചതാണെങ്കിൽ അതിനൊപ്പിക്കാൻ കഴിയില്ല അതിനൊപ്പിച്ചതാണെങ്കിൽ ഇതിനൊപ്പിക്കാനും കഴിയില്ല എത്തിയൻ എന്ത് പറഞ്ഞു കുട്ടപത്രമേ മഖബുണെന്ന് സർക്കിമാതില് എന്നൊക്കെ ഏലാ മസ്സാജരി മുതൽ അന്ന് നിങ്ങളുടെ മുട്ടക്കത്തികളൊക്കെ പറഞ്ഞിരുന്നു അത് ഉപയോഗിച്ച് നിസ്കാരം പാപ്പിലാണ് എന്ന് വരുത്താൻ വേണ്ടി സർവെല്ലാം ബാബാ അത് വരുത്തുകഴിഞ്ഞാൽ അതിനെ ചാടിച്ച് വേണെങ്കിൽ ഒപ്പിക്കാൻ ഏതെല്ലാം ചേച്ചി കുടികൾ കർമ്മത്തിന് മുള്ളും കണ്ടെങ്കിൽ ചാടിയിട്ടുണ്ടെങ്കിലും കളിവൊപ്പിക്കാൻ ഇതിന് അതിന് മൂറ് പറഞ്ഞാടുന്ന പോലെ ഇതിന് അക്കുറുവാന്ന് എന്ന് മാത്രം പറഞ്ഞാൽ ഒരിക്കൽ തീർന്നല്ലോ അക്രൂടെ എടുക്കുന്നോ സിഖഹന്റെ ദൗക്കിലൊപ്പിച്ചിട്ട് ഇരഹാൻ ആക്കിന് കൊണ്ടുപോകാൻ സാധിക്കൂല അതിനൊപ്പിച്ചുള്ള ആ മറ്റേ കൊണ്ടുപോകാനും കഴിയില്ല എന്നാ പിന്നെ ഇതുകൊണ്ട് നേരം കളയുന്ന ആളുണ്ടല്ലോ അത് തലബുസ്നേത്ത് തലബുൽജന് വേണ്ടി മാത്രമാണ് എന്താക്കി ഇന്നമായിട്ടിട്ടാണ് പറഞ്ഞത് മാത്രമാണ് വരഞ്ഞുകൊണ്ട് മനക്കെടുമ്പോൾ എന്നിട്ടോ ആളോട് പറയുന്നത് എന്താ വയക്കാൻ ഇരളൽ മതം ഇരളിൽ മതബാട് നാം തേടിപ്പിടിക്കുന്നത് മുഴുവൻ അങ്ങോട്ട് അടുത്ത് കഴിഞ്ഞു പോകും ആ തലസരിപ്പും എന്തായിട്ടില്ല ഓരോ മനസ്സെത്തിച്ചേർന്നിട്ട് പോലും ഉണ്ടാവില്ല കാലം കഴിഞ്ഞിട്ടുണ്ടാവും നോക്ക് അതുകൊണ്ട് ചൈതന്മാറിൽ നിന്ന് നീ അമാനില്ലായിപ്പോ ൂട്ടത്തിൽ ചില ചൈത്താൻമാരുണ്ട് ഓരോ തൊട്ട് നീ വളരെയധികം ഗർഭിച്ചിരിക്കണം കാരണം ജെന്നിന്റെ ചൈത്താൻമാർക്ക് തൽക്കാലം റസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവർ പണിയില് വന്നപ്പോ ജെന്നിലെ ചൈത്താൻമാരോട് എനിക്ക് പണിക്ക് കണ്ട നമ്മടുത്തിട്ടുണ്ട് عندما راى فني من اتعب في لغواي وضلل الشيطان مر قدامني يغوا ودلاله عنده عايز يكدش பண்ணांना تاسو होऊन दाखिरे दे आ कार्य ते करते मदोर दृष्टा وبالجملة فالمرء عايشٌ بين الوفلاي ان تقدر نفسك في عالم وحدك ما الله تعالى وبين يديك الموت والرج والخطاب والجنن والنار ബുദ്ധിമാന്മാരടുത്തും മറന്നീയ ഒരു കാര്യം പറഞ്ഞുതച്ചാ നിന്റെ സ്വന്തം നഷ്ട നിയന്താ കാലമായി സഞ്ചരിപ്പിക്കാൻ ഈ മാത്രമേ ഉള്ളൂ അംഗ നിന്റെ മുമ്പിൽ മരണം വന്നിട്ടുണ്ട് അത് അത് തൊട്ടടുത്തന്നെ അറബ് ഹിതാബ് ജല്ലത്തിന് ആരെല്ലാം കാത്തിട്ടുണ്ട് ഇപ്പൊ അവിടെ പണിയെടുക്കുന്ന ചിന്തിച്ചോട്ടെ പിന്ന അമ്പൽ മീമനീക്കം ഇമ്മായ ദയിക്ക നിന്റെ മുമ്പിലുള്ള ഈ രംഗം തരണം ചെയ്യാൻ വേണ്ടി നിനക്ക് എന്താണോ സഹായകമാകുന്നത് ഇനി അങ്ങനെ ചിന്തിച്ചോട്ടെ വതാങ്കമാസി വാ മുത്തലാം അതിന്റെ അപ്പലുള്ള എല്ലാം കല്യ കേൾക്കുക കാരണം ആരവസ്ഥിപ്പോ കാറ്റുമുലം കൊണ്ടുപോകും അവർക്ക് ചെല്ലുണ്ടെല്ലു വെക്കുന്നതല്ല അപ്പൊ പാർട്ടിക്കാർ ചെല്ലും ഒക്കെ ഒന്നും വേണ്ട പാർട്ടിക്കാർ ചെല്ലൽ ചെല്ലുവിലാണെന്നും അതൊന്നും ഉണ്ടാക്കലേ വിഹിണി വെക്കനി അതിനാമ്പനകത്ത് വേണ്ട നിന്റെ കാരണം ഞാൻ വെച്ചിട്ടില്ലാടും നിന്റെ വെക്കലുകൊണ്ടിട്ട് ഞാൻ വെച്ചിട്ടില്ല നിന്റെ സഹായം കണ്ടാൽ ഉമ്മൻ പെച്ചിട്ടുമില്ല നിന്റെ വ്യക്തി കണ്ടിട്ട് ഞാൻ വെച്ചിട്ടില്ല വരുമാനം പറയണ നിങ്ങളെ നല്ലോണം വരുമാനം എവിടെ പോലെ എന്താ ചോദിച്ചെന്നു എന്റെ കുളത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ കണ്ടെത്താം എപ്പോളാണ് ശേഖമാരിൽപ്പെട്ട ചിലര് മനാമിൽക്കുണ്ട് എന്നിട്ട് ചോദിച്ച് നിങ്ങള് എന്താക്കിട്ടുണ്ട് കൊറേ ഉലുമകളുടെ മുജാത നടത്തുകയും വാദപ്രതിവാദവും കുറെ മത്സരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല അയിന്റെ എല്ലാ അവസ്ഥകളും വെച്ചതിന് ശേഷം തൈൻ നടത്തുമ്പോൾ <player> ം താക്കുന്നത് കരിമഴാ തീറ്റ വന്നു ഒന്നും ഇല്ലാന്നു അതെല്ലാം പിന്നെ തന്നെ പോയിട്ട് പാഴാക്കണിച്ച് നിശ്ചയിച്ച രണ്ടരക്കാർ നിൽക്കാറുണ്ട് അതിനെ കൊണ്ട് ചില എന്തല്ലോ പാഴ് കിട്ടുന്ന അല്ലാതെ ആ കണ്ണു കൂട്ടോ എന്താണോ എന്താ ഇപ്പൊ എന്തെങ്കിലും പേരുണ്ടല്ലോ എന്തായാലും ഞങ്ങള് കുട്ടാൻ കറണ്ട് എന്തായാലും ഞാൻ പതെല്ലാം കെട്ടിട്ട് പോന്നെ ബാർപ്പാർക്ക് പോകുമ്പോ മുളഞ്ഞോ പലരെയും മറ്റേ കർക്കന് മുന്നേക്ക് പോക്കിന്റെ പ്രമുഖ നോക്കിയിട്ട് കുറച്ചിട്ടില്ല അട്ടിക്കട കൊണ്ടേറ്റി ചോദിക്കാൻ പോ ചോദിക്കാൻ പോ അപ്പൊ മറ്റു കലച്ച എന്താ ഉതൊക്കെ നിങ്ങൾ ചോദിക്കണ്ട എന്താ ചോദിക്കണ്ട നിങ്ങൾ പറഞ്ഞ അത് നിങ്ങൾ ചോദിക്കാം മാ സമറത്തിൽ ഒന്നുമില്ല ഒന്നുമില്ല അതെല്ലാം പാറി പോയു മോനെ വമന്ത ഹൈന് സനസത്താലി ജോലി രാത്രിയുടെ ഉള്ളുണ്ടല്ല അവിടെ ഹാലി സാറ്റി കിട്ടി രണ്ടക്കാർ നിൽക്കാതിന്റെ അതിനെക്കൊണ്ട് ചെറിയ പ്രകാരം കിട്ടിയതല്ലാതെ ൻ ഹിതായു കൊടുക്കപ്പെട്ടതിന് ശേഷം ഒരു കൌമും നലാരത്തിലായിട്ടില്ല ജതിൽ കൊടുത്തിട്ടല്ല അത് ജതിൽ കൊടുത്തതോടുകൂടി ഹിതായപ്പോയി നമ്മൾ പിന്നെ നബീ സാഹിതൂലൻ ക്ലബിറ്റി പറഞ്ഞോ അള്ളാണെ കൂടാതെ നിങ്ങളെ ആരാധിക്കേണ്ട വസ്തുക്കളൊക്കെ എന്താകും എല്ലാം നേകത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അസബുജനമ്മ അന്നയിക്കാൻ പിന്നെ ഈസാനലി ഇസ്സലാമിന് അകത്തിൽ പോകാം അപ്പൊ നമ്മൾ ഇവർ ഈസാനി അലഹിസ്ലാമിനെ ഇലഹാക്കി വെച്ച കാലത്താണ് എന്നാൽ അവർ നേരത്തിൽ പോകുന്നുണ്ടാക്കൂ എന്ന് തങ്ങളോട് വാദിച്ചു നിങ്ങളായ ഈസാനത്തിൽ പോകുന്നു കിട്ടിയിട്ടുണ്ട് മനസ്സിലായി ആരാധ്യ വസ്തുക്കൾ അടക്കം ഈ സാധനങ്ങൾ അടുക്കത്തി അഹ്മാൻ സാമീസം പറഞ്ഞു എന്നു പറഞ്ഞാൽ ഇവര് പറയുന്നുണ്ടാക്കി അപ്പൊ പറയാത്തതിനോട് തൂങ്ങലുണ്ടല്ലോ രാജാവിനെന്താ സ്വാധീനം പറഞ്ഞപ്പോ ബ്ലോസെറ്റോളൊന്ന് കിട്ടി പൂട്ടുന്നത് ചേമ്പ്ന്നുള്ള ഒന്ന് കിട്ടി മനസ്സിലും കിട്ടലേ ഇത്തലാണ് ഭയങ്കര അവരും പറയേണ്ടിയിങ്ങ സർക്കം ഉണ്ടാകുന്ന ഒരു ബഹമാന്നാവർന്നു വഫിൽ ഹദീസി ഫീമാനാ ഖൗദിനീ സഹാല ഫഹമ് അന്നദീന ഫീ ഖുലൂബിഹിം സൈഗ് ഖയതബൂന മാ തകബഹമിൻ ഭൂന്നവർന്നുണ്ട മുതകബഹീനെ പഠിച്ചതുപോലെ ആനടി കൽബിൽ സൈഗ് ഉള്ളതുണ്ട് അന്ദൈ ദൈഫ ഖുർഹനൽ ജദലിന്നദീന അനഹും അല്ലാഹു തആല ബിഖൗരി ഫഹദറുഹും അവർ നിങ്ങ സൂചിക്കണം എന്ന് പറയുന്നു ഫഹദറുഹും ആ ഫഹദറുഹും എന്ന അള്ളാഹുക്കാലം സൂചിക്കാൻ വേണ്ടി പറഞ്ഞ ആ ജതിലിന്റെ ഹനുകാരാണ് ആര് അമ്മൽ അദീനത്തിനോപിഹിന് എന്ന് പറഞ്ഞ കലകളിൽ നിന്ന് കൂട്ടതും അമൽ ആകൃതമാരിൽ ഒരു കോമ് വരുന്നുണ്ട് അവർക്ക് അമലിന്റെ ബാബ് കൊട്ടിയടക്കപ്പെടും ബാബുൽ ജഗൽ ജതിലിന്റെ ബാബു തുറക്കപ്പെടുകയും ചെയ്യും وقي معن الاخبار انه انكم في زمان انಗಳ ಕಾಲತಾ ಜೀವിക്കുന്ന ஒரு ஹிம்சோம் தீல் அமல் இப்போ அமல் செய்யணும் உங்களுக்குண்டா கிட்டுണ്ട് இல்ஹாம் வந்து இருக்கு വസയബി ഖൗമൻ जुलஹമൂனல் ജദ ഇനേര ഖൗബ വരും ഓർക്ക് ജദലാണ് ഓർക്കില്ലന്ന മാറ്റടം അമല വേണം ഞാൻ വഫൽ ഖമറിൽ മസ്ഹൂറിൽ അബഹമൽ ഖൽഖിൽ അല്ലാഹു താന അലബ്ദുൽ ഖാഫി അലബ്ദുനടച്ചും ലളീലായ ആളെന്ന് പറഞ്ഞല്ലേ അലബ്ദുൽ ഹിസാം ഖബറി കണ്ട മാൽ മന്തില്ല അമൽ മാ ഊട്ടിയ കൌമി മാണം ഒരു കൌമിനും മന്ത്രിക്ക് നൽകപ്പെട്ടിട്ടില്ല അമൽ അവർ തൊട്ട് മുടക്കപ്പെട്ടിട്ടല്ല മന്തിക്ക് ഉണ്ട് അതിന് അതിലിന്റെ ഇരുട്ട് എപ്പോഴും വോട്ടാടിക്കാണ് ചെയ്യേണ്ടത് നിങ്ങളെ വോട്ടെണ്ണ പൂർത്തിയാക്കുന്നതാണ് അങ്ങോട്ട് പിടിച്ചിട്ടാണ് കഴിക്കേണ്ടത് എന്നാൽ ഇങ്ങോട്ട് പിടിച്ച അതിന്റെ ദൃശ്യം കൊടുക്കും ആണ് ഏറ്റവും വോട്ടെടുക്കുന്നത് ഒന്നോ ആരം ഇനിയാണ് ഈ മുനാദറയിലേക്കും ഈ ഗതലിലേക്കും ഈ കന്നുകൂട്ടലിലേക്കല്ലോ